സിദ്ധ സംശ്വര് സുഖ സുഖ ഭജങ്ക ശ്രീ ശ്രീ പുരാ ഭഗവത്പാദം യോഗശങ്ക ഭഗവന്തോ ഗുണപുര ഐശ്വരോ ഗുരുരാജ് ടത്തിലും കാറിൻ്റെ കണ്ണാടി ആ ബാഗിലൊക്കെ ആ തൈമേ സത്യാ കാമാ അനൃത സത്യാണ സാധമവിധാനം യോഹ്യസേതർശനെ താപര്യുണ്ടാകുന്നതിന് വേണ്ടി തുടർന്ന് പറയുകയാണ് കഷ്ടമിതം ഖലുവതത്തെ സ്വാത്മസ്ഥ ശക്തിപ്രാപ്ത തൈമേ സത്യാ കാമാനൃതാവിധാനാത്മസ്ഥാന സ്വാശ്രയാണമേ സനൃതം ബാഹ്യവിഷയേഷു സ്ത്രീ അന്നോജനച്ഛാദനൃഷ്ണ തന്നെ മിഥ്യജ്ഞാനമൃതമ ആ സത്യകാമങ്ങളെല്ലാം സ്വാത്മസ്ഥ തൻ്റെ ഉള്ളിൽ തന്നെ സ്ഥിതി വേണോ എന്ന് പറഞ്ഞ ഫലങ്ങളല്ല മുമ്പ് നമ്മളെ ഫലങ്ങളെ കുറവ് പറഞ്ഞു അന്നപാന്ന ലോകകാമ ആണെങ്കിൽ അത് പ്രാപിക്കും ഗീതവാദിത്തര ലോകം ആണെങ്കിൽ അത് പ്രാപിക്കും ഗന്ധ മല്യ ലോകകാം അത് കിട്ടും ഇതെല്ലാം എന്താണെന്നുള്ളത് പിന്നെ അടുത്ത് പറയും ഈ പറയുന്ന എന്താണ് സങ്കല്പമാണോ അതോ ആ വിഷയത്തെക്കുറിച്ചും ചർച്ച ചെയ്യും എന്താ പറയുന്നു ഇതെല്ലാം തന്നെ തന്നെയുള്ളതാണ് ശക്തിപ്രാപ്ത പ്രയാസപ്പെട്ടാൽ നേടാമെന്നുള്ളതാണ് എങ്കിലും ഇമേ സത്യാ കാമഹ അനടത്ത അഭിദ്ാന പക്ഷെ ഇത് മൂടിയിരിക്കുന്നു ആത്മസ്ഥാനം സ്വാശ്രയാണോ എന്ന് സദാം അനടം തന്നിൽ അത് മറഞ്ഞിരിക്കുന്നു സത്തായിരുന്നോട്ട് കൂടി അത് അസത്യമായി അസത്യം പോലെ അനുഭവപ്പെടുന്നു എന്തുകൊണ്ട് ബാഹ്യവിശേഷ ബാഹ്യവിഷയങ്ങളിലുള്ള തൃഷ്ണവുണ്ട് സ്ത്രീ അന്ന ഭോജന ആഛാദനം തുടങ്ങിയ കാര്യങ്ങളിലുള്ള തൃഷ്ണവുണ്ട് തന്നിമിത്ത സ്വേച്ഛാ പ്രചാരത്തും മനസ്സന്ത് ചെയ്യുന്നു ഈ വിഷയങ്ങൾ നിമിത്തമായി സ്വേച്ഛ അതിന്റെ ഇഷ്ടമനുസരിച്ച് അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മിഥ്യാജ്ഞാന നിമിത്ത അനുളം ഇതിന് എല്ലാം കാരണം മിഥ്യാജ്ഞാനമാണ് അതുകൊണ്ട് ഇത് അനുരുതമാണ് തന്നിമിത്തം സത്യാനം കാമാനം അപ്രാപ്തി കൊണ്ട് ഈ സത്യകാമങ്ങളെല്ലാം തൻ്റെ ഉള്ളിൽ എഴുന്നേറ്റും അപ്രാപ്തമായിരിക്കുന്നു അഭിധാനം ഇവ അഭിധാനം അത് മറിഞ്ഞിരിക്കുന്നത് പോലെയാണ് അതിനെ മൂടിയിരിക്കുന്നത് പോലെയാണ് കഥം അനുഭവം അഭിധാന നിമിത്തം ദേഷ്യ അലാഭയിപ്പിച്ചത് അനുദം കൊണ്ട് അതിനെ മൂടിയിരിക്കുന്നു അതുകൊണ്ട് അത് ലഭിക്കുന്നില്ല എന്തുകൊണ്ട് ഈ പ്രാണികളുടെ എല്ലാം ജീവന്മാരുടെ പുത്രനോ സഹോദരനോ ഇഷ്ടപ്പെട്ടാരോ ആവട്ടെ ഇഷ്ട ഹൈതോ അസ്മാീതി പ്രകച്ചതെ മറിയതെ മരിച്ചു നഷ്ടപ്പെടുന്നു ഈ ലോകത്ത് നിന്ന് ഇല്ലാതാകുന്നു അങ്ങനെ തനിക്ക് ഇഷ്ടപ്പെട്ട പുത്രനാണോ ഭ്രാതാവാണോ മുമ്പ് പറഞ്ഞവരല്ല ആരായാലും ശരി സുഹൃദയാകാശ വിദ്യമാനം ഇതെല്ലാം സുഹൃദയാകാശത്തിലുണ്ട് മരിച്ചു പോകുന്നവരെല്ലാം തന്നെ തന്നെ ഉണ്ട് എന്നാലും പുനർദർശനായ ചെന്നവ വീണ്ടും അവരൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചാൽ എന്നാൽ ലഭിക്കുന്നില്ല എന്താ അവരെ വീണ്ടും കാണാം എന്ന് പറയുന്നത് അല്ല ഇനി പറയും ഇനി മന്ത്രങ്ങളിൽ പറയും എല്ലാം ഉള്ളിൽ തന്നെയുണ്ട് മരിച്ചു പോയവരെല്ലാം ഉള്ളിൽ തന്നെയുണ്ട് അവരെ കാണാൻ കഴിയുന്നില്ല ആ സമയം ഇവിടെ പറയുന്നു ഈ സാധകൻ കാണുന്നു എന്ന് പറയുന്നു ഉപാസകൻ മരിച്ചുപോയാലെല്ലാം കാണും എന്ന് പറയും അത് വിശദീകരിക്കുക എങ്ങനെ കാണുന്നു എന്നുള്ള കാര്യം അതേജീവെന്നത്ര ഗിന്ദത സത്യാ കാമാ അനതാഭിധാന ഹരണ്നിധിം നിഹതം അക്ഷേത്ര ഉപയുപരി സഞ്ചരന്തു നേയു ഏമേ ഇമാർ പ്രജർഹർഗച്ഛന്ധ്യ ഏതം ബ്രഹ്മലോകം നീ അനൃതേ പ്രത്യൂഢാ അഥ പുനർച്ച അയാവിദോ ജന്തുർജീവ ജീവന്തി പുത്ര ഭത്രേതൃതംബനോ യോകെ വസ്ത്രമത്രേച്ചുഷ ഉപാസകു ജീവാ ജീവന്തി പുത്ര ഭ്രാത്രാദിയുവാ ജീവിച്ചിരിക്കുന്ന പുത്രനോ ഭ്രാതാവോ ആരൊക്കെയുണ്ട് അവരെല്ലാം ജയിച്ച പ്രേതാന്ത ഇഷ്ട സംബന്ധനോ ഇനി മരിച്ചുപോയവര് വേണ്ടപ്പെട്ടവര് ബന്ധുക്കൾ സന്നിധിക ലോക ഇനി ഇത് രണ്ടും ഈ ലോകത്തുള്ള താൻ ഇഷ്ടപ്പെടുന്ന മറ്റു കാര്യങ്ങൾ വസ്ത്ര അന്നപാനാദി രത്നാദി സ്വർണം സമ്പത്ത് വസ്തുഭേ ആഗ്രഹിക്കുന്നു പക്ഷെ ഒന്നും ലഭിക്കുന്നില്ല ഗ്രഹിക്കുന്നെല്ലാം ലഭിക്കുന്നില്ലല്ലോ ഇതെല്ലാം ആഗ്രഹിക്കുന്നു മരിച്ചവരെ കാണുമെന്ന് വിചാരിക്കുന്നു കഴിയുന്നില്ല ജീവിച്ചിരിക്കുന്നവരെ തന്നെ എല്ലാവരെയും കാണാൻ പറ്റുന്നില്ല ആഗ്രഹിക്കുന്ന വസ്തുക്കൾ ലഭിക്കുന്നില്ല ഇതെല്ലാം തസ്ത്ര മാത്രം ഹൃദയാകാശാക്ഷി ബ്രഹ്മണികത്വ ഇതെല്ലാം ഈ ഹൃദയാകാശത്തുള്ള ഈ ബ്രഹ്മത്തെ പ്രാപിച്ചിട്ട് ഏതോക്താണ് വിധുന എന്നും പറഞ്ഞു ഉപാസന സത്യസങ്കല്പാതിരൂപത്തിലുള്ള ഉപാസനയിലൂടെ ലഭിക്കുന്നു വിധന്ത അത്തരസിൻഹാർദാ കാശി യസ്മാസീദേ സത്യാകാമാവർത്ത അനുദാ വിധാനാഹ് ഈ ഹൃദയത്തിൽ തന്നെ ഈ സത്യകാമങ്ങളെല്ലാം ഒളിഞ്ഞിരിക്കുകയാണ് കഥമിവാ തത് അന്യായം വിച്ചതേ തത്തത്ര യഥാ ഹിരണ്യനിധിം അതെന്താണോ ഉണ്ടായിട്ടും അറിയുന്നില്ല എന്തുകൊണ്ട് പറയുന്നു ഉണ്ടെങ്കിൽ അറിയേണ്ടതാണെന്നോ ഇതെല്ലാം തന്നെ ഹൃദയത്തിലുണ്ടെങ്കിൽ താൻ എന്തുകൊണ്ടറിയുന്നില്ല യം അത് ന്യായമല്ലോ എന്നിട്ട് എന്തുകൊണ്ട് പറയുന്നു പറയുന്നു പറയും തത്തത്രിരണ്യനിധിം ഹിരണ്യമേവനഗ്രഹണായ നിദാദുർഭലനിധീയം ഹിരണ്യനിധിം നിഹിതം ഭൂമേരതസ്ഥ നിക്ഷിപ്തം അക്ഷേത്രജ്ഞ നിധിശാസ്ത്രേർ നിധിക്ഷേത്രം അജാനന്ദഹത്തെ നിധിരു സഞ്ചരന്തോ നിധിന്ന ബിന്ദേ സഖ്യവേദനമപരി ഉദാഹരണം പറയുന്നു ഹിരണ്യനിധി സ്വർണ്ണനിധി ഭൂമിയുടെ അടിയിൽ ഒരാൾ കുഴിച്ചിട്ടു പുനർഗ്രഹനായ കള്ളം മരുന്ന് കൊണ്ടുപോകാതെ സൂക്ഷിക്കാൻ വേണ്ടി പഴയ കാലത്ത് ലോക്കറൊന്നുമില്ല അതുകൊണ്ടെല്ലാം ഭൂമിയുടെ അടിയിൽ കുഴിച്ചിടുക ചെയ്യുന്നു അങ്ങനെ സ്വർണം കുഴിച്ചിട്ടു നിധാദൃഭി നിധിയതെ നിധിസ്ഥം ഹിരണ്യനിധി നിഹിതം ഭൂമി രഥസ്ഥ അതാത് ഭൂമിയുടെ അടിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് നിക്ഷിപ്തം അക്ഷേത്രജ്ഞാഹ പക്ഷേ ഈ നിധിയെ എടുക്കുന്ന ചില വിദ്യകളുണ്ട് അത് കണ്ടുപിടിക്കാനുള്ള ചില നിഗൂഢ വിദ്യകളുണ്ട് അതറിയാൻ വയ്യാത്ത ആൾക്കാർ നിധിക്ഷേത്രം അജാനന്ദഹത്തെ ഭൂമിൻ്റെ അടിയിലിരിക്കുന്ന സ്വർണവും ഒക്കെ കണ്ടുപിടിക്കുന്നില്ലേ അതുപോലെ ഖനികളെല്ലാം കണ്ടുപിടിക്കുന്ന പോലെ ഈ നിധിയെ കണ്ടുപിടിക്കാൻ വിദ്യകളുണ്ട് അതറിയാൻ വയ്യാത്ത ആൾക്കാർ അജാനന്ദഹത്തെ നിധിയുപരി ഉപരി സഞ്ചരം തോബി അവരതിൻ്റെ പുറത്തുകൂടി എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ദരിദ്രന്മാരും നിധിയെ സ്വപ്നം കണ്ടുകൊണ്ട് നിധി വേണമെന്ന് ആഗ്രഹിച്ചു ധനവും മറ്റും ആഗ്രഹിച്ചുകൊണ്ട് അവർ സഞ്ചരിക്കുന്ന ഏത് എവിടെ ഈ നിധിയുടെ മുകളിലൂടെ മണ്ണിൽ സഞ്ചരിക്കും നിധി ന വിന്ധ്യൂ പക്ഷെ നിധിയോടെ ഉണ്ടായിട്ടും അവർക്കത് കിട്ടുന്നില്ല അവർ ദരിദ്രരായി തന്നെ ജീവിക്കുന്നു സമ്പത്തിൻ്റെ മുകളിലായിരിക്കും അവർ ചവിട്ടി നടക്കുന്നത് ശക്തി വേദന മതി പറയുന്നു പക്ഷേ ആ നിധി ശാസ്ത്രം ഇതെല്ലാം കണ്ടുപിടിക്കുന്ന വിധ അറിയാമെങ്കിൽ അവൻ മനസ്സിലാകുന്ന എന്റെ കാഴ്ചവോട്ടലാണ് നിധി എന്നിട്ട് അവനത് കൈവശപ്പെടുത്തും പക്ഷെ അതറിയുന്നില്ല ദരിദ്രരത് അറിയാതെ അതിന് മുകളിലൂടെ സഞ്ചരിക്കുന്നു സർവായ്മ പ്രജാ അതുപോലെ ഈ അവിദ്യ ഉള്ളവരായി പ്രജകളെല്ലാം ഈ ജീവന്മാരെല്ലാം യഥോക്ത ഹൃദയാകാശാഖ്യം ബ്രഹ്മലോകം ബ്രഹ്മലോക ബ്രഹ്മലോക പറയുന്നു ഈ ബ്രഹ്മലോകമെന്ന് പറയുന്നത് ഇനി പറയും മരണശേഷം പ്രാപിക്കുന്ന ഒരു ബ്രഹ്മലോകത്തെ കുറിച്ച് പറയും പറയുന്നു ഇവിടുത്തെ ഈ ബ്രഹ്മലോകം എന്ന് പറയുന്നത് ഹൃദയാകാശം മുമ്പ് പറഞ്ഞ ബ്രഹ്മലോകം ബ്രഹ്മേവ ലോകം ബ്രഹ്മ ബ്രഹ്മാന്റെ ലോകമോ അല്ലെങ്കിൽ ബ്രഹ്മാവിന്റെ ലോകമോ അല്ല ബ്രഹ്മം തന്നെയാണ് ആ ലോകം ബ്രഹ്മലോകലോക സമരഹ അഹരഹ പ്രത്യേകം ഗച്ഛന് എല്ലാ ദിവസവും ഈ പ്രജകളെല്ലാം ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നുണ്ട് അഹരഹ പ്രതിദിനം പോകുന്നുണ്ട് അതെങ്ങനെയാ പോകുന്നത് പറയുന്നു നിധിയുടെ പുറത്ത് സഞ്ചരിക്കുന്നവരെ പോലെ അതിൻ്റെ പുറത്ത് കൂടി സഞ്ചരിച്ചാൽ നിധിയുണ്ടെന്നറിയുന്നില്ല അതുപോലെ എല്ലാ ദിവസവും ഈ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നുണ്ട് സാധനൊന്നും കൂടാതെ അവിദ്വ അജ്ഞന്മാര് അതിപ്പോ സുഷുപ്തികാലും ഈ ബ്രഹ്മലോകത്തെ ബ്രഹ്മമാകുന്ന ലോകം ബ്രഹ്മം തന്നെ അതിനെ പ്രാപിക്കുക നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് മണ്ഡുക്യത്തിലും മറ്റുംതി നല്ല ഭന്തി പക്ഷെ അവർക്ക് ബ്രഹ്മത്തെ കിട്ടുന്നില്ല ഉപാസകനെ ചെയ്ത് ഉപാസകൻ സാക്ഷാത്കരിക്കുന്ന ആ ബ്രഹ്മത്തെ ഈ ഉറങ്ങുന്നവൻ ബ്രഹ്മത്തിലെത്തിയിട്ടും കിട്ടുന്നില്ല അതങ്ങനെ സംഭവിക്കുക അവിടെ എത്തിയാൽ കിട്ടേണ്ടതാണല്ലോ എന്തുകൊണ്ടറിയുന്നില്ല അതിന് ഉദാഹരണം പറഞ്ഞു നിധിയുടെ മേളിൽ ഇരുന്നാലും താഴ്ന്ന നിധിയുണ്ടെന്ന് അറിയാതെ പോവും നിധിവിദ്യ ഉണ്ടെങ്കിലേ അതറിയാൻ പറ്റും നല്ല സന്ധ്യ യേശോഹം ബ്രഹ്മലോകഭാവം ആപ്പന്നോ അസ്മിഅീ അവനെങ്ങനെ അറിയേണ്ടതാ ഞാൻ ഈ ഞാൻ ബ്രഹ്മലോകത്തെ ബ്രഹ്മത്തെ പ്രാപിച്ചിരിക്കണെന്ന് എന്ന് അവൻ അറിയാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അന്നതെയ യഥോക്ത പ്രത്യൂടാഹൃദ സ്വരൂപവിദ്യദോഷർ ബഹിർ അപകൃഷ്ട അന്നദം കൊണ്ട് പ്രത്യൂട്രൃത അവ അന്ധകരണം മനസ്സ് അവിദ്യതിദോഷി അത് എപ്പോഴാറിയേണ്ടത് ഈ ജാഗ്രത ജാഗ്രത്തിലെ അവിദ്യാദി ദോഷങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നു ആ ദോഷങ്ങളാൽ ബഹിരാപകൃഷ്ടാഹ അവ മനസ്സിനെ മെടയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു സ്വരൂപ അവരെത്തിച്ചേരുന്ന ആ സ്വരൂപത്തിൽ നിന്ന് സുഷൃത്തിയിൽ ആ സ്വരൂപത്തിൽ അവൻ എത്തിച്ചേരുന്നു ബ്രഹ്മലോകത്തിൽ പക്ഷെ വീണ്ടും എന്തു അവിദ്യാദി ദോഷങ്ങൾ അവിടെ നിന്ന് സ്വസ്വരൂപത്തിൽ നിന്നും അവനെ കൊണ്ടുവരുന്നു അവിടെ അവനോട്ട് അറിയാനും കഴിയുന്നില്ല ഉണർന്നു വന്നാൽ ഇവിടെ അറിയാനും കഴിയുന്നില്ല അത് കഷ്ടം ഇതം വർത്തദേ ജന്തുന സ്വായത്തമി ബ്രഹ്മതയിൽപ്രായം വളരെ കഷ്ടമാണ് ഈ ജീവികൾക്ക് ബ്രഹ്മം സ്വായത്തമാണ് തന്റെ അധീനത്തിലാണ് തന്റെ കൈവശമാണ് എങ്കിലും നല്ലത കിട്ടുന്നില്ല ഹിരണ്യനിധി പോലെ ആണിതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ൈശബ്ദനൂക്ഷിതൃദേശോഷങ്ങളൊന്നുമില്ലാത്തവൻ അതിന് യേഷ് പറഞ്ഞ ആത്മാവിനെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വിപേക്ഷിത ആത്മാവിടെ ശ്രുതി പറയാൻ താല്പര്യപ്പെടുന്ന ആത്മാവ് ഹൃദയപുണ്ടരീഗ് ആകാശ ശബ്ദം അതിനാണ് ആകാശം എന്ന് പറഞ്ഞത് ആത്മാവിനെ തന്നെ ഹൃദയപുണ്ഡരീകത്തിലെ സ്ഥിതി നിർവചനം ആ ഹൃദയത്തെ നിർവചിക്കുകയാണ് എന്താണ് ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയം ഹൃദി അയം ഹൃദയെന്ന് വെച്ചാൽ ഹൃദയത്തിൽ അയം എന്ന് വെച്ചാൽ ഇത് അയം ഇതുണ്ട് എന്നാണ് അതാണ് ഹൃദയ ശബ്ദത്തിന്റെ അർത്ഥം ഹൃദയം ഹൃദയത്തിൽ ആത്മാവ് വർദ്ധിക്കുന്നു അതുകൊണ്ട് ഹൃദയം എന്ന് പേരുള്ളൂ ഹൃദയ നാമനിർവചന പ്രസിദ്ധിയാവിസ്വഹൃദയ അതുകൊണ്ട് എന്താണ് ഹൃദയം എന്നുള്ള ആ ശബ്ദത്തിൽ നിന്ന് അതിൻ്റെ നിർവചനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ ആത്മാവ് ഹൃദയത്തിൽ തന്നെയുണ്ട് ഇവിടെ സ്വഹൃദയേ ഹൃദയ അയം ഹൃദയത്തിൽ ആത്മാവ് ത്യവഗന്ധവിമുദ്ധ അഭിപ്രായ അതുകൊണ്ട് ആത്മാവ് ഹൃദയത്തിൽ തന്നെ ബ്രഹ്മലോകം ഇവിടെ തന്നെയാണ് എൻ്റെ ഉള്ളിൽ തന്നെയാണ് അഹർ അഹർ വൈ പ്രത്യേകം ഹൃദയം ആത്മീയ തിജാനൻ സ്വർഗം ലോകം ഹാർദം ബ്രഹ്മേതി പ്രതിപദ്ധ്യത എല്ലാ ദിവസവും ഹൃദയമാത്മേദാനൻ ഹൃദയമാണ് ആത്മാ ഹൃദയം ഭർത്തതേ ഹൃദയമാത്മാ എന്നറിയുന്നു സ്വർഗം ലോകം എല്ലാ ദിവസവും സ്വർഗത്തിലേക്കും പോകുന്നുണ്ട് നേരത്തെ പറഞ്ഞു എല്ലാ ദിവസവും ബ്രഹ്മലോകത്തിൽ പോകുന്നു എല്ലാ ദിവസവും സ്വർഗ്ഗലോകത്തിലേക്കും പോകുന്നുള്ളു ഹാർദ്ദം ബ്രഹ്മേതി ഏതാണ് ആ സ്വർഗലോകം ഹൃദയത്തിലുള്ള ആ സ്വർഗലോക ബ്രഹ്മ തന്നെയാണ് ഇത് പ്രതിബദ്ധ്യത എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിതകാലം മുഴുവൻ അഗ്നിഹോത്രവും ജ്യോതിഷ്ടവുമെല്ലാം ചെയ്ത് സ്വർഗത്തിൽ പോണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് ധനലയം ആവശ്യമായി വരുന്ന കർമ്മങ്ങൾ ചെയ്ത് ജീവിതകാലം മുഴുവൻ ശീതാലയം മരണശേഷം സ്വർഗത്തിലെത്താൻ പറ്റും അതിൻ്റെ ആവശ്യം എൻ്റെ കൂടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാ ദിവസവും സ്വർഗത്തിൽ പോകുന്നുണ്ട് എന്താണ് സ്വർഗ ബ്രഹ്മ അനേവം വിതവി സുഷുപ്തകാല ഹാർദ്ദം ബ്രഹ്മ പ്രതിവിധത ഏവാ പറയുന്നു അതിന് ഉപാസനയുടെ ആവശ്യമൊന്നുമില്ല പറയുന്ന സുഷുപ്തകാല ആ സുഷുപ്താവസ്ഥയിൽ ഹാർദം ബ്രഹ്മപ്രതിവിദ്ധതയേവാ ഉപാസകനൊന്നും പ്രത്യേകതയൊന്നുമില്ല സർവ്വ ജീവികളും ആ ഹൃദയ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു ഹൃദിഅയം എന്ന് പറഞ്ഞാൽ സർവനും പ്രാപിക്കുന്നുണ്ട് സുഷു സോമി തഥാ സമ്പന്നുപ് പറഞ്ഞല്ലോ സദാ സ്വാമി തഥാ എന്ന് മുമ്പ് പറഞ്ഞു സേതകേതുവിനെ ഉപദേശിക്കുന്ന സമയത്ത് പറഞ്ഞു സദാ സമ്പന്നോ ഭവതി അഭീതോ ഭവതി എന്നു വീണ്ടും കൂടെ ആവർത്തിക്കാൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു ബ്രഹ്മസ്വരൂവുമായി സ്ഥിതി ചെയ്യുന്നു എന്നൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഉപാസനു പ്രത്യേകിച്ച് ബ്രഹ്മത്തിൽ പോകാനാണ് പാഠം വ്യവം തഥാപ്യസ്ഥിവിശേഷത ശരിയാണ് സാധന ചോദിക്കും എല്ലാവരും ചോദിക്കുന്നതാണ് ഉപാസന എന്തിന് ഇവിടെ പറയുന്നു ശ്രുതി പറയുന്നു ആ സുഷൃപ്തി തന്നെ ബ്രഹ്മം രണ്ടില്ല അവിടെ ജീവഭാവത്തെ പടിഞ്ഞു ബ്രഹ്മത്തിൽ എത്തിച്ചേരുന്നു എന്നൊക്കെ പറയുന്നു അത് ഇതൊക്കെ തന്നെ പലർക്കും മനസ്സിലാകാത്തൊരു കാര്യമാണ് സുഷുത്തി ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയമാണ് കാരണം സുഷുബ്രഹ്മഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സാധനമെല്ലാം ജപ തപങ്ങളെല്ലാം വ്യത്ഥമാവും വേദാന്തം എല്ലാം വ്യർത്ഥമാവും സന്യാസം തന്നെ വ്യത്ഥമാവും അതുകൊണ്ട് സന്യാസിമാർക്ക് പേടിയാണ് സുഹൃത്തിയാണ് ബ്രഹ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കുന്നു സുഹൃത്തിയിൽ എല്ലാവരും ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെന്താ ഉപാസകൻ എന്താ ഇവിടെ വിശേഷത പാഠം ശരി തന്നെയാണ് തഥാപ്യം എന്നാലും പ്രത്യേകതയുണ്ട് എന്താണ് യഥാ ജാനുൻ അജാനു ച സർവജന്തു സദ്ബ്രഹ്മേവാ പറയുന്നു നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഉപാസിച്ചാലും ഉപാസിച്ചിട്ടില്ല ശ്രവണമനങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും സർവജന്തു സദ്ബ്രഹ്മ എല്ലാവരും ബ്രഹ്മമാണല്ലോ ഉപാസനം മാത്രം ഇതെന്തിനെ ചോദിക്കുന്നു നിങ്ങൾ ഉപാസന ചെയ്താലും ചെയ്തില്ലെങ്കിലും സ്വാമിയായാലും ആയില്ലെങ്കിലും ശ്രവണമനനങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ആത്മീയമായാലും ഭൗതികമായാലും എല്ലാം ബ്രഹ്മം തന്നെ ആരും സർവതാണ് എന്നിട്ടും ഇവിടെ വിശേഷതയുണ്ടോ എല്ലാവരും ബ്രഹ്മമായിരുന്നിട്ട് എന്നിട്ടിവിടെ മുക്തനും ബദ്ധനുമല്ലേ എന്തുകൊണ്ട് തഥാപി തത്ത്വമസീതി പ്രതിബോധിതോ വിദ്വാൻ സദൈവെന്നാഞ്ഞു അസ്മീതി ജാനൻ സദൈവബോധി പക്ഷെ എല്ലാവരും ബ്രഹ്മമാണെങ്കിലും എല്ലാവരും ബ്രഹ്മമാകുന്നില്ല ആരേ ബ്രഹ്മമാകുന്നുള്ളൂ തത്ത്വമസീതി പ്രതിബോധിത തത്വമസീദെന്ന് ബോധിപ്പിക്കുന്നു സദൈവന്നാഞ്ഞു അസ്മീതി ജാനൻ ഞാൻ സത്വ തന്നെയാണ് മറ്റൊന്നുമല്ല ത്രിണി അതല്ല അതിന്റെ കാര്യമായ ദേഹമല്ല എന്നിങ്ങനെ അറിയുന്നവൻ അവനെ സത് ഏവബോധ്യവൻ മാത്രമേ സത്താവുന്നുള്ളൂടെ ആ അറിവിലാണ് പ്രത്യേകത സുഷു ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നുണ്ട് അസ്വസ്ഥരാകേണ്ട കാര്യമില്ല തപസ് സാധനൊക്കെ പ്രധാനമാകും എന്ന് പറയേണ്ട കാര്യമില്ല ഒന്നുകൂടി തെളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ജാഗ്രത്തിലും ബ്രഹ്മം തന്നെയാണ് സുഹൃത്തി വരെ എന്തിനു പോകണം ജാഗ്രത്തിലും സർവനും ബ്രഹ്മം തന്നെ സുഹൃത്തിയിൽ കർണങ്ങളെല്ലാം വിലയിച്ച് ബ്രഹ്മമാകേണ്ട കാര്യമൊന്നുമില്ല ജാഗ്രത ഉണർന്നിരിക്കുമ്പോൾ തന്നെ ബ്രഹ്മമാണ് ഉണർന്നിരിക്കുന്നു ബ്രഹ്മത്തിലാണ് ഇതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ അതാണെങ്കിലും സദൈവഭവതി അവൻ സത്താണെന്ന് പറയാം എന്തുകൊണ്ട് തത്വമസീതി പ്രതിബോധിത തത്വമസീദ ബോധിപ്പിച്ചാൽ മാത്രമേ ബോധിച്ചാൽ മാത്രമേ അവൻ ബ്രഹ്മമാണു അതുകൊണ്ട് സുഷൃത്തിയാണ് ബ്രഹ്മന്ന് പറയുന്നതിന് അസ്വസ്ഥത വിചാരിക്കുന്ന കാര്യമുണ്ട് എന്ന് പറയുന്നത് ദോഷമില്ല ജാഗ്രത ബ്രഹ്മെന്ന് പറയുന്നത് പോലെ ഉള്ളൂ അത് പക്ഷെ അവിടെ പ്രത്യേകത എന്താണ് ഈ ജാഗ്രത്തിലെ ബോധം അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് സുഷൃത്തി ബോധമാണെന്ന് എപ്പോഴാണ് പറയുന്നത് സുഷൃത്തിബോധമാണെന്ന് എപ്പോഴാ അറിയുന്നത് സുഹൃത്തി ബ്രഹ്മമാണെന്നെല്ലാം ചർച്ചയോടെ എല്ലാം ജാഗ്രതയിലാണ് ഇവിടെ പ്രാധാന്യം ജാഗ്രതയിലാണ് തത്വമസീന്ന് ഗുരു ബോധിപ്പിക്കുന്നത് ശിഷ്യം ബോധിക്കുന്നതെല്ലാം ജാഗ്രത സുഹൃത്തി ബ്രഹ്മമാകുന്നു അതുകൊണ്ടിവിടെ നഷ്ടമൊന്നും വരുന്നുണ്ട് കാരണം ജാഗ്രത ബ്രഹ്മമായിരുന്നിട്ടും ഒന്ന് സംഭവിക്കുന്നുണ്ട് സുഹൃത്തിയിൽ നീ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു ജാഗ്രതത്തിലും ബ്രഹ്മമായിരിക്കുകയാണ് പ്രാപിക്കേണ്ട ആവശ്യം ജാഗ്രത്തിന തുറ പ്രാവിച്ചിരിക്കുകയാണ് എന്നിട്ടിവിടെ ബന്ധമോക്ഷങ്ങളുണ്ട് അതുപോലെ സുഹൃത്തിയും ഗ്രഹിച്ചാൽ മതി പക്ഷെ സുഹൃത്തിയെ ദൃഷ്ടാന്തമായി പറയുന്നെന്തുകൊണ്ട് അവിടെ ദൈതമില്ലാത്ത അവസ്ഥ എങ്ങനെയായിരിക്കും എന്നും മറ്റും നമുക്ക് സങ്കല്പിക്കാൻ കഴിയും സുഹൃത്തിയിലൂടെ എളുപ്പമാണ് ും ജാനീം അജ്ഞാനിയും എല്ലാവരും ഉപാസകനും അല്ലാത്തവനും എല്ലാം സുഷുപ്ത യുസമ്പതെ സുഹൃത്തിൽ എല്ലാവരും സമമാണ് എല്ലാവരും സത്ത ജാഗ്ര ഗുരുവും ശിഷ്യനും രാമനും കൃഷ്ണനും എല്ലാം ആയിരിക്കുന്നെങ്കിലും സുഹൃത്തിയിൽ ഒന്നേ ഏകം ഏവ അദ്വിതീയം സദേവ നമ്മുടെ ഭേദമില്ല അവിടെയാണ് ശരിയായ അദ്വൈതം കാരണം സുഹൃത്തെ സത്സമ്പത്തി സുഹൃത്തിയിൽ ആ സത്സമ്പത്തി സംഭവിക്കുന്നത് തഥാപി പക്ഷെ അങ്ങനെയാണെങ്കിലും ഏവം വിദേവ സ്വർഗം ലോകം ഏതീ പക്ഷെ ആ സ്വർഗലോകത്തെ പ്രാപിക്കുന്നത് ഉപാസകൻ മാത്രം ്രഹ്മത്തെ അറിയുന്നത് തത്വജ്ഞൻ മാത്രം ദേഹപാതവിദ്യാഫലസ് അവശ്യം ഭാവിത്വ വിത്യേഷവിശേഷ പറയുന്ന ഈ ശരീരം നശിച്ചു കഴിഞ്ഞാലും ശരി ഉപാസനയുടെ ഫലം ഉണ്ടാകും ആ ഫലത്തിനുവേണ്ടി ഉപാസന ബ്രഹ്മലോകത്തിൽ പോകാം വിശിഷ്ടമായ അനുഭവങ്ങൾ ഉണ്ടാകാം അതെല്ലാം സംഭവിക്കാം നമ്മൾ സുഹൃത്തി ബ്രഹ്മമാണ് എന്ന് പറഞ്ഞതുകൊണ്ടത് സാധനയെ ഒന്നും ബാധിക്കുന്ന കാര്യമില്ല ജാഗ്രത ഉപാസന കൊണ്ട് അല്ലെങ്കിൽ ജാഗ്രതയുടെ ജ്ഞാനം കൊണ്ട് സാക്ഷാത്കാരം സംഭവിക്കത്തുള്ളൂ സുഹൃത്തി കാലത്തിൽ ബ്രഹ്മപ്രാപ്തിയെ അംഗീകരിക്കുന്നുണ്ടോ പക്ഷേ അത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനു വേണ്ടി ഈ ജാഗ്രത ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടി അതിന് വേണ്ടിട്ടാണ് സുഴുത്തിയിലെ ബ്രഹ്മപ്രാപ്തിയെ കുറിച്ച് ഉപദേശിക്കുന്നത് ജാഗ്രത്തിലെ ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടി ഇപ്പൊ സുഴുത്തിയിലെ ബ്രഹ്മപ്രാപ്തിയെ ഗ്രഹിക്കുന്നവന് ജാഗ്രതയിൽ ബ്രഹ്മപ്രാപ്തി ഉണ്ടാവുന്നു എല്ലാവർക്കും ഉറങ്ങുന്നു ഉറക്കം ബ്രഹ്മപ്രാപ്തിയാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ അറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം ആ ഉറക്കം കൊണ്ട് അയാൾക്ക് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല സുഷ്ടി ബ്രഹ്മപ്രാപ്തിയാണെന്ന് അറിയുന്നതാണ് ജാഗ്രതത്തിലെ ജ്ഞാനം അങ്ങനെയാണ് ബ്രഹ്മത്തെ ജാഗ്രത്തിൽ അറിയുന്നത് സൃഷ്ടി ലേകമേവ് അതിഥീയമായിരുന്നു എന്നറിയും അതുകൊണ്ട് ജാഗ്രതത്തിലെ ജ്ഞാനം കൊണ്ടേ പ്രയോജനമുള്ളൂ മുക്തി ജാഗ്രത ഞാനും കൊണ്ടേ പറ്റും സുഹൃത്തിയിൽ പോയിട്ട് എന്താ പ്രയോജനം അത് അങ്ങനെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ജാഗ്രതയും ചോദിക്കാമെന്നോ ജാഗ്രതും ചോദിക്കുക ജാഗ്രത നീ ബ്രഹ്മമായിരുന്നിട്ട് എന്താ പ്രയോജനം സാധനം ചെയ്യേണ്ടിയോന്തിന്റെ അത് തന്നെയാണ് സുഹൃത്തിയെ സംബന്ധിച്ചുകൊണ്ടത് അതുകൊണ്ട് ഈ കാര്യം ഭാഷകാരൻ ഉറപ്പിച്ചു പറയുന്നത് എന്താണ് സുഹൃത്തിയിൽ ബ്രഹ്മപ്രാപ്തി ഉണ്ട് അത്രയെങ്കിലും മനസ്സിലാകും മുഖ്യ അതിനാണ് സുഹൃത്തിയിൽ ആണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം പക്ഷുകാരൻ ആവർത്തിച്ചു ആവർത്തിച്ചു കൂടെ പറയുന്ന എത്രയോ തവണ ചർച്ച ചെയ്യും സ്വന്തം നിലക്കല്ല പക്ഷേ ഇതിനനുസരിച്ച് സുഹൃത്തിയിൽ ബ്രഹ്മപ്രാപ്തിയാണ് ജീവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു ഇതാണ് ഭാഷയത്തിൽ ആവർത്തിച്ച് പറയുന്നത് പക്ഷേ ഇതിന് പ്രാധാന്യമില്ലാതെ സുഹൃത്തിയിൽ ബ്രഹ്മപ്രാപ്തി എന്നുള്ള ആ മുഖ്യമായ സിദ്ധാന്തത്തെ വിസ്മരിച്ചിട്ട് ഇന്ന് അദ്വീതം പറയുന്നവരെല്ലാം മുഖ്യമായി പറയുന്നത് എന്താണ് സുഹൃത്തിയിൽ അജ്ഞാനമുണ്ട് ഇതിനാണ് പ്രചാരം കിട്ടിയത് വാസ്തവത്തിൽ എന്താണോ ഭാഷകാരൻ വെളിപ്പെടുത്തിയത് അതിനുള്ള പ്രചാരം കിട്ടിയത് നേരെ വിപരീതമായൊരു കാര്യത്തിൽ ഭാഷകാരം പറയുന്നതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യത്തിൽ അജ്ഞാനത്തിന് വേണ്ടി സുഷുപ്തി വെറുപ്പവേണ്ട കാര്യമില്ല ജാഗ്രത തന്നെ അത് ആവശ്യത്തിൽ കൂടുതലുണ്ട് ജാഗ്രതയിൽ അത് ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നമല്ല അതുകൊണ്ട് സുഷുതിയില അജ്ഞാനത്തെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമില്ല കാരണം അത് അജ്ഞാനം സ്വാനുഭവത്തിലൂടെ ഉണ്ട് ജാഗ്രത പിന്നെ ഇതിനുഴുത്തി വരെ പോകുന്നു സുഹൃത്തിയിൽ എന്തിനാണ് പ്രാധാന്യം അവിടെ സസമ്പത്തിക്കാണ് പ്രാധാന്യം അജ്ഞാനത്തിനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനോ അല്ല ചോദിക്കും സുഴുത്തിയിൽ സസമ്പത്തിനാ പിന്നെ എന്തുകൊണ്ട് ജാഗ്രതത്തിൽ ഞാനേ ആകുന്നില്ല അതിനാണ് ഇവിടെ പറയുന്നത് അത് ജാഗ്രതത്തിൽ വേണം നിങ്ങൾ എവിടെയാ ഞാനേ ആകാൻ ആഗ്രഹിക്കുന്നത് സുഹൃത്തിയിലാണോ അത് സാധ്യമല്ല എന്തുകൊണ്ട് അവിടെ സസമ്പത്തി സംഭവിക്കുന്നതുകൊണ്ടിവിടെ ഞാനേ ആകാൻ അതുകൊണ്ട് ചിലര് ചോദിക്കുന്നുണ്ട് ആത്മജ്ഞാനി ഉറക്കത്തിനും ജ്ഞാനം അനുഭവിച്ചുകൊണ്ടിരിക്കും ഉണ്ട് അങ്ങനെയുള്ള ആത്മജ്ഞാനികളെ കാണാൻ ഉളമ്പാറയിൽ പോയാൽ ഉറക്കത്തിനും ആത്മജ്ഞാനമായിരിക്കും അങ്ങനെ വരെ പറയുന്നവരുണ്ട് സുഴ്ത്തിയിൽ സത്സമ്പത്തിയാണ് അവിടെ ആത്മജ്ഞാനമില്ല അത് ആത്മജ്ഞാനമില്ല എന്നു എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ മുക്തനാകുന്നില്ല അതിന് ജാഗ്രത ഞാനും വേണം ഇതാണ് ഭാഷകാലം പറയുന്നതിൻ്റെ താല്പര്യം അങ്ങനെ പറയുന്നത് തത്ത്വ മസീതി പ്രതിബോധിത വിപുദ്വാൻ സദൈവൻ അന്യസ്മി ജ്ഞാനൻ അറിയുകയാണെങ്കിൽ അവൻ മുക്തനാകുന്നു അവൻ സത്ത് ആയിരിക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ മനസ്സിനെ അവിദ്യാദിദോഷയും ബഹിരാപകൃഷ്ടാഹ ഉടനൊന്നും വലിച്ചു പുറത്തു കൊണ്ടുപോകുന്ന ഈ വിഷയങ്ങളെല്ലാം അനുഭവിപ്പിച്ച് സ്വയംബദ്ധനാണ് എന്ന സ്ഥിതിയിലെത്തിക്കുന്ന ഈ മനസ്സ് അതവിടെയില്ല അതുകൊണ്ട് അവിടെ വീണ്ടും പറയുന്നു ഭാഷകാരനടുത്ത് സമ്പ്രസാദോ അസ്മാശരീരാ സമുദ്ധായ പരം ജ്യോതിരൂപസമ്പദ് സേനരൂപേണ അഭിനഷ്പത്തെ ഏഷ ആത്മേദീ പോവാച ഹൃദയം എന്ന് പറഞ്ഞതുപോലെ തന്നെ സത്യം എന്നുള്ളതിനും അവിടുത്തെ വ്യാഖ്യാനിക്കുകയാണ് അതിനു മുമ്പായി പറയുന്നു സുഷുപ്തകാല സേന ആത്മനാ സ്വസ്വരൂപത്തിൽ അസ്വരൂപം തത്ത് സദാസമ്പന്ന സത്തായി തീരുന്നു അവൻ ജാഗ്രത സത്ത് തന്നെ പക്ഷെ ജാഗ്രതയിൽ പറഞ്ഞല്ലോ ദോശ ബഹിരാപകൃഷ്ടാഹ ഇതെല്ലാം പറയും സ്വാമിയ്ക്ക് പോയി പലതായി തീർന്നു പക്ഷേ സുഹൃത്തിയിൽ സേനാത്മന സദാസമ്പന്ന അവൻ സ്വസ്വരൂപത്തിൽ പറഞ്ഞിരിക്കുകയാണ് സദാ സമ്പന്ന സൂപത്തിലായിരിക്കുന്നു സമ്പന്നമായിരിക്കുന്നു സമ്യക്സീതമാകുന്നു എന്നാ പ്രസീത സംപ്രസാദ സമ്യക്സീദി എന്നാ പ്രസാദം എന്ന് പറഞ്ഞാൽ അറിയാം എന്താണത് വിശദീകരിക്കുന്നു സുഹൃത്തിയത് ഉന്മുക്തനായിരിക്കുന്നു എന്നർത്ഥം സമ്പ്രസാദനായിരിക്കുന്നു സമ്യക്രസ്രത മനസ്സിലാക്കാൻ പ്രയാസമാണ് ജാഗ്രത കുറിച്ച് ജാഗ്രതനും അത് തന്നെയാണ് പക്ഷെ മനസ്സിലാക്കാൻ പ്രയാസം എന്തുകൊണ്ട് അവിദ്യാതി ദോഷേ ബഹിരാപകൃഷ്ടഹ് മനസ്സ് ദോഷങ്ങളെ കൊണ്ട് ബാഹ്യമായി ഇങ്ങനെ പുഴറി നടക്കുമ്പോൾ സമ്പ്രസാദം എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അത് തന്നെ ഭാഷകാരം പറയുന്നു ജാഗ്രതാതം കാങ്ങളിൽ വിഷയേന്ദ്രിയ സംയോഗം കൊണ്ടുവരുന്ന ഈ കാല് മനസിന്റെ അതുകൊണ്ടാണ് ഇവിടെ സമ്പ്രസാദനായിരുന്നിട്ടും പ്രസന്നനായിരുന്നിട്ടും സത്വമായി ഏകീഭവിച്ചിരുന്നിട്ടും പക്ഷെ വിഷയേന്ദ്രിയ സംയോഗം കൊണ്ടുവരുന്ന ഈ കാല്ഷ്യം അതിനിങ്ങനെ മനസ്സ് കലങ്ങി കിടക്കുകയാണ് അത് ജഹാദി എവിടെ സുഷു അതുകൊണ്ടാണ് സുഷുതി ഇവിടെ എടുത്തു പറയുന്നത് ജാഗ്രത സത്തില്ലാത്തതുകൊണ്ടോ ജാഗ്രതയിൽ സമ്പ്രസാദൻ എന്ന് പറയുന്ന ആത്മാവില്ലാത്തതുകൊണ്ടോ അല്ല പക്ഷേ ജാഗ്രതത്തിൽ സുഷുതിയില സമയപ്രസീതത എന്ന് പറയുന്ന അവസ്ഥയില്ല മുക്തി അവസ്ഥയില്ല കാലുഷ്യൻ ജഹാദി അവിടെ ഈ കാല്ഷ്യങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു എന്നർത്ഥം അതിന് ഒരു സമാധിയും വേണ്ട ഒരു വേദാന്തവും വേണ്ട ഒരു ചെറുവണ മനനങ്ങളും ഒന്നും വേണ്ട അവിടെ സംപ്രസിദ്ധത അങ്ങനെ ഒരു അവസ്ഥ ഉള്ളത് ജാഗ്രത അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഈ ജീവൻ കടന്നു പോകുന്നതുകൊണ്ടാണ് വീണ്ടും അതിനുവേണ്ടി ശ്രമിക്കുന്നത് വീണ്ടും ആ സംപ്രസന്നമായ അവസ്ഥയിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അങ്ങനെ എത്തിച്ചേരാൻ ജാഗ്രതയിലുള്ള ശ്രമങ്ങൾ അത് കഴിയാതെ വരുമ്പോ തള്ളുന്നു ശ്രമിച്ച് നടക്കാത്ത കാര്യം തനിയെ നടക്കും അതാണ് ഉറങ്ങിപ്പോകുന്നു സത്സംഗത്തിലിരിക്കുന്നു ഉറങ്ങിപ്പോകുന്നു സത്സംഗത്തിൽ ഇരുന്നിട്ട് ജാഗ്രതയിൽ ഇതിനെ നേടാൻ ശ്രമിക്കണം നടക്കുന്നുണ്ടോ എന്തേം ശ്രമിച്ചാൽ നടക്കാത്തത് തനിയെ സംഭവം ഉറങ്ങിപ്പോകുന്നു അതുകൊണ്ട് ഉറങ്ങുന്നവർ ഭാഗ്യവാൻമാർ ഒരു പരിശ്രമവും കൂടാതെ അവരെ നേടുന്നു ഉണർന്നിരിക്കുന്നവർ കഷ്ടപ്പെടുന്നു അവരോട് പറയുന്നു സംയുക് പ്രതി ജാഗ്രസ്വപ്നയോഗ വിഷയേന്ദ്ര സംയോഗ ജാതം കാരുഷ്യൻ ജഹാദി അന്വേഷിക്കുന്നു ഇതി സംപ്രസാദ ശബ്ദവും അതുകൊണ്ട് ഈ സമ്പ്രസാദം എന്ന് പറയുന്നത് യദ്യപി സർവ്വജന്തുവിന സാധാരണ സർവജീവികളെ സംബന്ധിച്ചും സമ്പ്രസാദം എന്ന് പറയുന്നത് ജാഗ്രത സ്വപ്ന സുഷുതികളിൽ എല്ലായിടത്തും പ്രയോഗിക്കാം എല്ലായിടത്തും ആത്മാവ് തന്നെ എല്ലാ അവസ്ഥകളിലും അവൻ സത്ത് തന്നെയാണ് തഥാപി എങ്കിലും ഏവം പക്ഷേ ഈ ഇവിടെ ഉപാസകനെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഉപാസകൻ സ്വർഗലോകം വേദി അവൻ സ്വർഗ്ഗലോകത്തെ പ്രാപിക്കുന്നു അവൻ സ്വയം സത്തായിരുന്നിട്ടും തത്വജ്ഞൻ സത്തിനെ സാക്ഷാത്കരിക്കുന്നു ഈ ജാഗ്രത്തിൽ ജാഗ്രത്തിൽ സത്യനെ സാക്ഷാത്കരിക്കുന്നുണ്ടെങ്കിൽ ജാഗ്രത എല്ലാവർക്കും ഉണ്ടല്ലോ ഇവിടെ സാക്ഷാത്കാരം എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല ജാഗ്രത്തിലാണ് അത് സംഭവിക്കുന്നെങ്കിലും ജാഗ്രതെന്നും അതിനൊന്ന് വേർതിരിക്കുന്നു അതിനു പരാ ജാഗ്രത എന്ന് പറയും ജാഗ്രത്തിൽ തന്നെയുള്ളൊരു വിശേഷം അതും വ്യത്യാസം അവിടെ ഈ ജാഗ്രത അതിനെ മറച്ചിരിക്കുന്ന അമിത്യാദി ദോഷങ്ങളില്ല അതാണ് ജാഗ്രത ആ സാക്ഷാത്കാരത്തിന്റെ പ്രത്യേകത അത് സുഷുപ്തി അല്ല ഇനി അത് സമാധിയാണോ സമാധിയാണെന്ന് പറയുന്നില്ല വിരോധമൊന്നുമില്ല അതിനെ സമാധി എന്ന് വേണോ പറയാം പക്ഷെ സമാധി എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിലുള്ള സമാധിയാണ് സുഷുതി പോലെ എല്ലാം മറന്നിരിക്കുന്ന സമാധിയാണ് ആ സത്സാക്ഷാത്കാരം തന്നെ സമാധി ഭാഷകാരന്റേതനുസരിച്ച് ആ പരാജാഗ്രത തന്നെയാണ് സമാധി എന്ന് പറയുന്നത് എന്താണ് തത്വമസീതി പ്രതിബോധം തത്വമസീദെന്നുള്ള പ്രതിബോധം അതാണ് സമാധം അതിനങ്ങനെയും പറയാം അതുകൊണ്ട് ബ്രഹ്മമായി നിന്നിട്ടും ജാഗ്രത്തിൽ ബ്രഹ്മജ്ഞാനിയാകാൻ കഴിയാത്തതുപോലെ സുഹൃത്തിയിൽ ഈ കാലുഷ്യങ്ങളെല്ലാം അവസാനിച്ച് കേവലം ബ്രഹ്മമായി സ്ഥിതി ചെയ്യുന്നിട്ടും വീണ്ടും ബന്ധനത്തിൽ വരുന്നു അതുകൊണ്ടിത് ഉപാസനു മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ ശാസ്ത്രം ഉപാസനയൊക്കെ വ്യർത്ഥമാവത്തില്ലേ സ്വർഗം ലോകമേദി പ്രകൃത്വ സമ്പർ സന്നിഹിതവത്നവിശേഷം ശരീരം ഹിത് അസ്മത് ശരീര സമുത്ഥായ ശരീരാത്മഭാവന പരിത്യജ്യർ നസൗ ശരീരംപദ്ധ്യ സേന േണ എന്ന് പറഞ്ഞ വ്യക്തിക്കാദി സഹത യശേഷാ ഈ സമ്പ്രസാദനെന്ന് പറയുന്നു ഈ ആത്മാവ് എന്താ ഇത്രയും അടുപ്പമുള്ളതുപോലെ പറയുന്നു ഈ ആത്മാവെന്ന് ഈ ആത്മാവിന് പരിചയമുണ്ടോ ഇവൻ എന്ന് പറഞ്ഞാൽ പരിചയമുള്ള ആളിനല്ലേ പറയുന്നു അതുപോലെ പരിചയം പരിചയപ്പെട്ടതുപോലെ പറയുന്നു പറയുന്നു പരിചയമുണ്ടെന്ന് ഉണ്ട് എല്ലാ ദിവസവും സുഷക്തിയിൽ പരിചയമുള്ള ആളാണ് അവിടെ ആ മാത്രമേ ഉള്ളൂ വ്യാഘ്രത്തിൽ തന്നെ ഈ കോലാഹലങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഏഷസമ്പ്രസാദെന്ന് പറയുന്നത് അവനവന്റെ അനുഭവത്തെടുത്ത് പറയുകയാണ് നമ്മൾ ഉറങ്ങുന്നുണ്ടോ ഉറക്കത്തിൻ്റെ അനുഭവം ആ അനുഭവം സമ്പ്രസാദൻ്റെ അനുഭവം അല്ല മറ്റൊന്നിൻ്റെ അങ്ങനെയുള്ള സമ്പ്രസാദൻ അതീതം ശരീരം വിത്വ സാധാരണ എന്താ സംഭവിക്കുന്നത് ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് അസ്മ ശരീര സമൃദ്ധായ ഈ ശരീരത്തിൽ നിന്ന് അവൻ മാറി എണീറ്റു പോകുന്നു എന്നാണ് ആർത്ഥം എടുക്കണ്ടെന്ന് പറയും എല്ലാ ദിവസവും ഈ ശരീരം വിട്ടുപോകുന്നു അല്ലെ ശരീരത്തെ ഉപേക്ഷിച്ചിട്ടല്ലേ പോകുന്നു ഈ ശരീരത്തിന് എന്തെങ്കിലും അറിയുന്നുണ്ടോ ഒന്നും അറിയുന്നില്ല ഈ ശരീരത്തിന് എന്തെങ്കിലും ഉപയോഗമുണ്ടോ ഇല്ല ഒന്നുമില്ല ശരീരാത്മഭാവനാം പരിത്യജ്യ ശരീരം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരാത്മ ഭാവന ഉണ്ടായിരിക്കുക ഞാൻ എന്നുള്ള ഭാവന ഈ ശരീരത്തിൽ പതിഞ്ഞിരിക്കുക ഇത് ജാഗ്രതത്തിലുണ്ട് ഞാൻ എന്നെ അറിയുന്നു ഇത് എങ്ങനെയാണോ സർവരും ഇതിനുപേക്ഷിക്ക ഇതിനുപേക്ഷിക്കുന്നില്ലേ ഉറക്കത്തിലുണ്ടോ ഞാൻ അങ്ങനൊരു ഭാവനയുണ്ടോ ഇല്ല ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ജാഗ്രത ഉറക്കത്തിൽ ഇതിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് പോലെ വിദ്വാൻ അല്ലെങ്കിൽ ഉപാസകൻ ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മ പ്രാപിക്കുന്നു ഇന്ന് പറയുമ്പോഴവിടെ തെറ്റിദ്ധാരണ പറഞ്ഞത് ഈ ശരീരത്തിൽ നിന്ന് എഴുന്നേറ്റ് സിനിമയിലൊക്കെ കാണിക്കുന്നതുപോലെ ശരീരത്തിൽ നിന്ന് ഒരു വെളിച്ചം പോലെ ആത്മാവ് ഇറങ്ങി പുറത്ത് സഞ്ചരിക്കുക പിന്നെ വേറെ ശരീരത്തിൽ പോയി കയറുക ആ ശരീരം തിരിച്ചു വരിക ഇങ്ങനെയൊന്നും സംഭവിക്കുന്നുണ്ടോ അതൊക്കെ കാണുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ ഭാവന വരുമോ ആത്മാവിങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും ഒരാവി പോകുന്ന പോലെ സീരിയൽ ആത്മാവാണതൊക്കെ ഒറിജിനൽ ആത്മാവല്ല പറയുന്നു ഇന്നത്തും ആസനാധിപത സമുദ്ധായ ഇരിപ്പിടത്തിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരാത്മാവ് ഈ ശരീരം വിട്ടു പോകും സഞ്ചരിക്കും വേറെടുത്തേന്നും ഇതിഹയുക്തം എന്നും ധരിച്ചളയരുത് അത് ഭാവനകളാണ് മനുഷ്യൻ്റെ ആത്മാവിനെ സംബന്ധിച്ച് ശരീരം വിട്ടുപോവുക വരുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രജ്ഞ സ്വേന രൂപേണേത് വിശേഷണം അസ്വേന രൂപേണ ആത്മാവെന്ന് പറയുന്നല്ലേ തൻ്റെ സ്വരൂപം അസ്വരൂപമായിരിക്കുന്ന അതിനെങ്ങനെ എവിടെ ഏതിനെ വിട്ടുപോകാൻ പറ്റും അത് സർവവ്യാപി ഇതൊക്കെ വേണമെങ്കിൽ പറയാം ഇതെല്ലാം അതിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ ആത്മാവ് ഒന്നിനും വിട്ടുപോകുന്നില്ല അത് സ്വസ്വരൂപമാണ് ഉപാസകന്റെ സ്വരൂപമാണ് അന്യത ബുദ്ധായ സ്വരൂപ സമ്പർത്തവ്യം പറയുന്നു ഒരിടത്ത് നിന്ന് എണീറ്റ് വന്ന് സ്വസ്വരൂപത്തെ പ്രാപിക്കാൻ പറ്റത്തില്ല എനിക്ക് വേറെ സ്ഥലത്ത് നിന്ന് വന്ന് എന്നെ പ്രാപിക്കാൻ പറ്റുള്ളൂ ഇല്ല എനിക്ക് ഈ ഇരുപ്പിടത്ത് എഴുന്നേറ്റ് വേറെ ഇരുപ്പിടത്തിൽ പോയിരിക്കാം കാരണം അതിൻ്റെ സ്വരൂപമല്ല സൊ എനിക്ക് സ്വയം വേറെ എവിടെയെന്നെങ്കിലും വന്ന് എന്നിലിരിക്കാൻ പറ്റത്തില്ല കൊസേര വേറെ ആയോണ്ടെന്ന് നടക്കും അതുപോലെ ആത്മാവിന്റെ പോക്കുവിരവത് അങ്ങോട്ട് പോകുന്നു വരുന്നു നമ്മൾ സാധാരണ പറയാറുണ്ട് പക്ഷേ അതൊന്നും സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് ഇത് സുസ്വരൂപമാണ് അതെങ്ങനെ മനസ്സിലാക്കാം സുഹൃപ്തിയിൽ എവിടെയെങ്കിലും പോയോ പോയില്ലോ ഉറങ്ങാൻ വേണ്ടി ഒരു സ്ഥലത്തും പോയില്ല ഇരുന്ന ഇരിപ്പില ഉറക്കും ഇവിടെ തന്നെ എന്തുകൊണ്ട് അത് സ്വരൂപമാണ് അതാണ് സ്വസ്വരൂപം അപ്പോ അവിടെ നിന്നിങ്ങോട്ടും പോകുന്നും വരുന്നു ഒന്നുമില്ല ആ സ്വരൂപത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ കാണാം പോക്ക് വരവില്ല അവിടെ അവരോ ഇന്ന് അന്യദൌക്തായ സ്വരൂപസമ്പത്തവ്യം ഒരിടത്തേന്ന് പോയി വേറെടുത്ത പ്രാപിക്കുന്ന പോലെ അല്ല അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല സുഷൃത്തിയിൽ എന്താ സംഭവിക്കുന്നത് ഇതൊക്കെ വിടുന്നു ജനം വിട്ടുപോകുന്നു സ്വരൂപസമ്പത്തവ്യം അത് വേറിടത്തു നിന്ന് മാറി വന്ന് കയറുന്നതൊന്നുമല്ല ശരീരത്തിൽ പ്രേതം കൂടുന്നതുപോലെയല്ല എന്നർത്ഥം ഇത് സുസ്വരൂപസ്ഥിതിയാണ് സ്വരൂപമേവ ഹി തത് ബോധ്യ പ്രതിബദ്ധ്യഞ്ച ഇതിനെ ആത്മാവിനസ്വസ്വരൂപമായി മനസ്സിലാക്കിയോ അത് മനസ്സിലാക്കുന്നതിന് ഏറ്റവും നല്ലത് സുഷുപ്തിയാണ് സുഷുപ്തി ഉണർന്നിട്ട് എന്താ പറയുന്നത് ഞാൻ അവിടെ ഞാൻ മാത്രം കേവലമായ ഞാൻ മാത്രം മറ്റൊന്നുമില്ല അതാണ് സ്വരൂപസ്ഥിതി ഒന്നേ പറയാൻ കഴിയുന്നുള്ള കാരണം അവിടെ ഞാനും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടെ സ്വരൂപമാണെങ്കിൽ അതിനെ പ്രാപിക്കാനൊക്കത്തില്ല തന്ന ഭവതി പ്രതിബദ്ധിയും എന്തെങ്കിലും പ്രാപിക്കേണ്ടതാണെങ്കിൽ അത് സ്വരൂപമില്ല സ്വരൂപമാണെങ്കിൽ അതിനെ പ്രാപിക്കാനും ഒക്കത്തില്ല സീരിയല് കണ്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ ഞാൻ മനസിലാവും ഞാൻ വല്ലപ്പോഴും കാണാറുണ്ട് അതുകൊണ്ട് നിങ്ങളൊക്കെ കാണുന്നുണ്ടോന്നറിയ വിരക്തന്മാരായതുകൊണ്ട് അപ്പൊ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്താണ് അവിടെ ദൃശ്യങ്ങളൊക്കെ വരുന്നു ദൃശ്യങ്ങളൊക്കെ വരുമ്പോ അതിനോട് താതാന്മ്യപ്പെടുന്നു മനസ്സ് താതാന്മ്യപ്പെടുന്നു കരയേണ്ടത് കണ്ടാൽ കരയും ചിരിക്കേണ്ടത് കണ്ട കരയും ആശ്ചര്യം ഭയം ഇഷ്ടം അനിഷ്ടം എല്ലാം മനസ്സിൽ സംഭവിക്കുന്നു ആ ദൃശ്യങ്ങളോട് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കറണ്ട് പോകുന്നു എല്ലാം പോയി അപ്പോ ഈ വികാര വിചാരങ്ങളെല്ലാം എവിടെ പോയി ഒരു നിമിഷം കൊണ്ടെല്ലാം തീർന്നു കരച്ചിലും ചിരിയും എല്ലാം ഏതാണോ ദൃശ്യം ആ ദൃശ്യത്തോട് താൻ താതാത്മ്യപ്പെടുമ്പോഴാണ് ഈ വികാരങ്ങളെല്ലാം ഉണ്ടാകുന്നത് താൻ താതാത്മ്യപ്പെടുക എന്നുള്ളത് ഞാൻ അതാത്മ്യപ്പെടുന്നു മനസ്സ് മനസ്സ് ദൃശ്യങ്ങളോട് താതാന്മ്യപ്പെടുമ്പോഴെല്ലാം പെരുന്നു ആ ദൃശ്യം അസ്തമിച്ച അത് അസ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ താതാത്മ്യമില്ല കരശനും ശരിയൊന്നുമില്ല പിന്നെ താൻ മാത്രം അതുപോലെ തന്നെ സുശക്തിയും ജാഗ്രതയിലെ ഈ ദൃശ്യങ്ങൾ ഇവിടെ കറണ്ട് പോകുന്നു ഈ പ്രാണപ്രവർത്തനവും മനസിന്റെ പ്രവർത്തനങ്ങളും ഇവിടെ മന്തി ഭവിക്കുന്നു മന്തി ഭവിച്ചത് ഇല്ലാതായിത്തീരുന്നു കറണ്ട് പോകുന്ന പോലെ പിന്നെ ഇവിടെ ദൃശ്യങ്ങളില്ല അവിടെ ജീവന് താതാത്മ്യമില്ല അത് അത് ഒരിടത്തേക്കും പോകുന്നുമില്ല വരുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് സ്വരൂപമഹിത് അസ്വരൂപം എന്ന് പറയുന്നത് അതാണ് അതുകൊണ്ട് ന ഭവതി പ്രതിബദ്ധവ്യം ചികിത്സ പ്രാപിക്കാനൊക്കെ അതിനെ പ്രാപിക്കാൻ കഴിയത്തില്ല അസ്വരൂപമായി തന്നെ ഇരിക്കുന്നു പരം പരമാത്മലക്ഷണം വിജ്ഞപ്തി സ്വഭാവം ജ്യോതിരൂപസമ്പദ് സ്വാസ്ഥ്യം ഉപഗമിക്കേത് പരം പരമാത്മലക്ഷണം ആ പരമാത്മരൂപത്തിലുള്ള വിജ്ഞ്തി സ്വഭാവം കേവലമായ ജ്ഞപ്തിയാണ് കേവലമായ ബോധമാണ് കേവലമായ പ്രകാശമാണോ നഷ്ടപ്പെടുന്നില്ല അത് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ുണർന്നതിന് ശേഷം ആ ഞാനവിടെ ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ലായിരുന്നു ഞാൻ അതായിരുന്നു ഞാൻ സുപ്തനായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല തന്റെ നഷ്ടം മാത്രം താൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല മറ്റു പലതിൻ്റെയും നഷ്ടം അനുഭവിച്ചിട്ടുണ്ട് തന്റെ നഷ്ടം അനുഭവിച്ചിട്ടില്ല ആരും അനുഭവിച്ചിട്ടില്ല ഉറങ്ങിയാലും ശരി ഇനി നല്ല ബോധം കെട്ടിയാലും മരുന്നെ കൊടുത്ത് ബോധം കെട്ടി കഴിഞ്ഞാൽ ഓൺ കഴിയുമ്പോ എന്ന് പറയും ഞാൻ ബോധം കെട്ടിരുന്നു അവിടെ ഞാൻ ഉണ്ടായിരുന്നു ബോധം കെട്ട ഞാൻ ഉണ്ടായിരുന്നു ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നേ പറയാൻ പറ്റും തന്നെ നിഷേധിക്കാൻ പറ്റത്തില്ല അവിടെ എന്താണ് താരം എന്ന് പറയുന്ന കേവലമായ പ്രകാശമാണ് പക്ഷെ ഇവിടെ ഇരുട്ടാണല്ലോ എന്ന് പറയും അത് ശരിയാണ് ഇരുട്ടെന്ന് പറയുന്നത് എന്തുകൊണ്ട് കാരണം വെളിച്ചം എന്ന് പറയുന്ന നമ്മുടെ അനുഭവം ഈ കാണുന്ന വെളിച്ചമാണ് ഈ ജാഗ്രതയുടെ വെളിച്ചമാണ് നമ്മുടെ അനുഭവത്തിലുള്ള വെളിച്ചം ഈ വെളിച്ചമില്ലെങ്കിൽ പിന്നെ ഇരുട്ടെന്നെ പറയാൻ പറ്റും ജാഗ്രത വെളിച്ചം അവിടെ ഇല്ല ജാഗ്രത വെളിച്ചമില്ലെങ്കിൽ ഇരുട്ടെന്നല്ലാതെ എന്തെന്ന് പറയും കാരണം വെളിച്ചത്തെ കാണുന്നവനെ ഇരട്ടിനെ അറിയാൻ പറ്റും അല്ലാത്തവൻ്റെ ഇരുട്ട് വേറെ ആയിരിക്കും അന്ധന്റെ ഇരുട്ട് നമ്മളുടെ ഇരുട്ടല്ല അന്ധൻ ഇരുളാണെന്ന് നമ്മൾ പറയുന്നതാണ് പക്ഷെ ജന്മന അന്ധനാണെങ്കിൽ നമ്മുടെ ഇരുളവൻ ഇല്ല കാരണം എന്തുകൊണ്ട് വെളിച്ചം നമുക്ക് കാണുന്നവനേ ഉള്ളൂ വെളിച്ചം ആ വെളിച്ചത്തിൻ്റെ ഇല്ലായ്മയായിട്ടാണ് നമ്മൾ ഇരുട്ടനെ അതുകൊണ്ട് ഇരുളന്ന് നമുക്ക് അന്ധനതില്ല അന്ധനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇരുൾ വേറെയാണ് അതുപോലെ ജാഗ്രത്തിൽ നമ്മൾ ഇരളെന്ന് പറയുന്നത് എന്താണ് സുഹൃത്തിൽ ഇരളെന്ന് പറയുന്നത് ജാഗ്രത്തിലെ ഇരുളല്ല എന്തുകൊണ്ട് ജാഗ്രത്തിൽ വെളിച്ചം അനുഭവപ്പെടുന്നതുകൊണ്ട് ജാഗ്രത്തിലെ ഇരുളുണ്ട് ഈ ജാഗ്രത്തിലെ ഇരുളിനും വെളിച്ചത്തിനും അപ്പുറമാണ് സുഷൃത്തിയിലെ ഇരുളന്ന് പറയുന്നു അത് കേവലമായ സത്താണ് അതെന്തായാലും നിഷേധിക്കാൻ പറ്റുന്നില്ല സുഷുപ്ത്യെ നിഷേധിക്കാൻ പറ്റുന്നുണ്ട് സ്വരൂപമായതുകൊണ്ട് ജാഗ്രതയുടെ വെളിച്ചമില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നു അവിടെ ഇരുട്ടായിരുന്നു അതിനെയാണ് പറയുന്നത് അജ്ഞാനമായിരുന്നു എന്നെല്ലാം പറയുന്നു എന്തിന് ജാഗ്രതത്തിൽ പോലും വെളിച്ചമില്ലാത്തത് നമ്മൾ പറയുന്നു ഇരുട്ടെന്ന് എന്താ ഇരുട്ടെന്ന് പറഞ്ഞാൽ ഒരു വസ്തുണ്ടോ വെളിച്ചമില്ല എന്നല്ലാതെ ഇരുട്ടിന് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇരുട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അവസാനം അദ്വൈതന്നെ ഇരട്ടിനെ കുറിച്ച് പറയുന്ന എന്താണ് അനിർവചനീയം എന്ത് നമ്മളെ ഈ കാണുന്ന ഇരുള്ളത് അത് നിർവചിക്കാൻ പറ്റത്തില്ല എന്താണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു പിടിയും കിട്ടത്തില്ല എന്താ ഇരുട്ട് വെളിച്ചമില്ല അതിനപ്പുറം ഒന്നും പറയാൻ പറ്റത്തില്ല അതുപോലെ ഈ ജാഗ്രത് പ്രകാശം ഇവിടുത്തെ അനുഭവങ്ങൾ ഇതൊന്നും ഇല്ല എന്നേ ഉള്ളൂ സുഹൃത്തിയിലെ വിരളെന്ന് പറഞ്ഞു അവിടെ കേവലമായ സത്ത് മാത്രം വിജ്ഞപ്തി സ്വഭാവം ജ്യോതി ഉപസമ്പദ് പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ വെളിച്ചമാണ് ഈ വെളിച്ചം ഇവിടെ മാത്രമേ കിട്ടൂ ഈ ജാഗ്രതത്തിലേ കിട്ടൂ അല്ലെങ്കിൽ സ്വപ്നത്തിൽ കിട്ടൂ അത് അവിടുത്തെ വെളിച്ചം സത്തിലെ ഈ ജ്യോതിരുപസമ്പ എന്തെയ്യുന്നു സ്വാസ്ഥ്യം ഉപഗമ്യ സ്വാസ്ഥ്യത്തെ പ്രാപിക്കുന്നു ഈ സ്വാസ്ഥ്യം സുഷുതിയിൽ മാത്രമേ അതുകൊണ്ടാണ് അസ്വസ്ഥത വരുമ്പോൾ ഉറങ്ങാൻ ശ്രമിക്കുന്നു രോഗം വന്ന ഡോക്ടർ മരുന്ന് വന്ന് ഉറക്കുന്നത് സ്വാസ്ഥ്യം അവിടെ മാത്രമേ ജാഗ്രത അനുഭവം ഉള്ളത് കൊണ്ട് അവിടെ സ്വാസ്ഥ്യമില്ല സുഖവും ദുഃഖവും ഉണ്ടാവും പക്ഷെ സ്വാസ്ഥ്യല്ല അസ്വസ്ഥതയും ഉണ്ടാവത്തില്ല സ്വസ്ഥതിയിൽ സുഖമില്ല ദുഃഖമില്ല രണ്ടുമില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നു അതിരളാണ് അതാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത് സ്വാസ്ഥ്യം ഉഗമ്യ പ്രാപിക്കുന്നു ഇതാണ് ഉപാസകനും ഞാനും എല്ലാം പ്രാപിക്കുന്നത് ഇത്തരത്തിലുള്ള സ്വാസ്ഥ്യമാണ് അല്ലാതെ അജ്ഞന്റെ പ്രതീക്ഷയിലുള്ള സ്വാസ്ഥ്യം അല്ല വ്യക്തമായി പറയുന്നു ഇതിന് വിവേകം കൊണ്ട് ഗ്രഹിക്കുന്നതിന് ആത്മജ്ഞാനവും പറയും സഹജമായി ഗ്രഹിക്കുന്നതിന് സുഷപ്തി എന്ന് പറയുന്നു സ്വസ്വരൂപത്തിൽ പ്രാപിച്ചിരിക്കുന്നു സ്വസ്വരൂപത്തെ പ്രാപിച്ചിരിക്കുന്നു സ്വേനരൂപേണു പ്രേഗസംബത്തെ അപരം രൂപം ആത്മത്യനുപഗതീ തദ്വേക്ഷിതമിശിതേനൂപേണി ആ സ്വേന രൂപേണെന്നുള്ള ഭാഷകാരം വ്യാഖ്യാനിക്കുകയാണ് പ്രാഗ്യതിനു മുമ്പ് ഇപ്പോ പിന്നെടുത്ത് സുഹൃത്തിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അത് ഏത് നിമിഷവും പ്രവേശിച്ചു അതിനു മുമ്പ് ഏതസ്യാ സ്വരൂപസമ്പത്തെ സ്വരൂപസമ്പത്തിക്ക് മുമ്പ് അവിദ്യയാവ അപരം അവിദ്യ കൊണ്ട് മറ്റൊരു സ്വരൂപത്തെ പ്രാപിച്ചിരിക്കുകയാണ് ദേഹമേവ അപരം സ്വരൂപം അപരൂപത്തെ പ്രാപിച്ചിരിക്കുകയാണ് ദേഹരൂപത്തെ ഇപ്പം ഇതിനെ പ്രാപിച്ചിരിക്കണം ഈ ദേഹരൂപത്തിലിരുന്നു കൊണ്ട് എങ്ങനെയാകും ഞാൻ സാധിക്കുന്നു വേർ രൂപത്തെ പ്രാപിച്ചു കഴിഞ്ഞു വാസ്തവത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഈ ദേഹത്തിലിരുന്നുകൊണ്ട് ഞാനിയാകാനാണ് അത് സാധിക്കുന്ന കാര്യമില്ല എന്തുകൊണ്ട് ഈ ദേഹത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വിട്ടിട്ട് വാസ്തവ സ്വരൂപത്തെ വിട്ടിട്ട് വേർ രൂപത്തെ പ്രാപിച്ചിരിക്കുകയാണ് ഈ രൂപത്തെ പ്രാപിച്ചിരുന്നുകൊണ്ട് എങ്ങനെയാണ് ഞാനിയാകും അതിനെ തടസ്സം അങ്ങനെ പറയുന്നത് അപരം രൂപം ആത്മത്യവിനുപകഥ വാസ്തവത്തിൽ എന്താണോ തന്റെ സ്വരൂപം അതിനെ വേണ്ടിട്ട് ഇതിനെ സ്വരൂപമായി ധരിച്ചിരിക്കുന്നത് ജ്ഞാനത്തെക്കുറിച്ചുള്ള മിഥ്യ ജ്ഞാനങ്ങളെല്ലാം പോകുന്നതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് എന്താണ് ജ്ഞാനത്തെക്കുറിച്ചുള്ള ജാഗ്രത സങ്കല്പങ്ങൾ അതാണ് ജ്ഞാനത്തെക്കുറിച്ചുള്ള മിഥ്യാജ്ഞാനം അതിനെല്ലാം അധിഷ്ഠാനം എന്താണ് ദേഹമേയോ അപരൻ രൂപോ ഈ ദേഹത്തെ ഇരിക്കുക ഇതിലിരുന്നു കൊണ്ടാണ് പലരും സംഭവിച്ചത് ആത്മം ആത്മാവ് ആത്മജ്ഞാനം എന്താണ് വാസ്തവത്തിൽ എന്താണ് ഉണ്ടായിരുന്നത് അത് കളഞ്ഞിട്ട് പരമാർത്ഥത്തെ ഉപേക്ഷിച്ചിട്ടാണ് പിന്നെ ഈ കല്പനകൾ ഭാവനകളല്ല അതാണ് ഏതശ്യ സ്വരൂപ സമ്പത്തേഹേ അതിനു മുമ്പ് അദ്ദേഹമേ അവരൻ്റെ ആത്മത്വനുപക തൈതി തത് അപേക്ഷയായിത് മച്ചതേ സേന രൂപീണ അപ്പൊ സേനരൂപേണ എന്ന് പറയുന്നത് ജാഗ്രത അപേക്ഷിച്ച് സുഷുതയെ കുറിച്ച് പറയും ജാഗ്രതയിൽ നിന്ന് സുഹൃത്തി പോകുന്നു സുഹൃത്തിയിൽ നിന്ന് വീണ്ടും വരും ഇങ്ങനെ ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കുന്നതിന് ഒരു ജാഗ്രതനെടുക്കുക കാരണം ചർച്ച ജാഗ്രതയിലേറ്റേ ഉള്ളൂ സുഹൃത്തിയിട്ടല്ല ഞാനോ ഉണ്ടോ ഇല്ലയോ ഇതൊക്കെ പരിശോധിക്കുന്ന ജാഗ്രതയിലാണ് ഗുരുവിശേഷനും ജാഗ്രതയിലാണ് ഉപദേശം ജാഗ്രതയിലാണ് അതുകൊണ്ട് അതിനെ ആദ്യമെടുക്കുന്നു ഇവിടെ ഈ രൂപത്തെ പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് ഈ രൂപത്തെ പ്രാപിച്ചുകൊണ്ടുണ്ടോ ഇതിനോട് താത്വാമ്യപ്പെട്ടുകൊണ്ടുള്ള ആത്മ ഞാനും മറ്റുമെല്ലാം കേവലം ഭാവനയാണ് അശരീരത ഈ ആത്മനസ്വരൂപം പറയും ആത്മസ്വരൂപം എന്ന് പറയുന്നത് എന്താണ് സുഷുപ്തിയാണ് അശരീരത ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അഭയേ ഭയദർശിന അഭയത്തിൽ ഭയത്തെ കാണുന്നു സ്വാമി സുഷുതിക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം പഠിച്ചു വച്ചിരിക്കുന്നത് വേറെയാണെന്ന് ഞാനെന്ത് വിളിച്ചു വേറെ കാര്യങ്ങളെല്ലാം അഭ്യസിച്ച് വച്ചിരിക്കുമ്പോൾ സുഷുതിക്ക് അധികം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് സുഷൃത്തിക്ക് അധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ട് സുഷൃതിയാണ് സമ്പ്രസാദ ആത്മാ എന്ന് പറയുന്നത് ഞാനല്ലാതെ ഏതിനാ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിനാണ് പരമപ്രാധാന്യം കൊടുക്കേണ്ടത് അധിക പ്രാധാന്യമല്ല പരമപ്രാധാന്യം അതിനാണ് കൊടുക്കേണ്ടത് പക്ഷെ പറയുന്ന ആള് ഒരു കാര്യം ഇട്ടുപോകുന്ന എന്താണ് ഈ പ്രാധാന്യം കൊടുക്കുന്നത് ജാഗ്രതത്തിലാണ് അക്കാര്യം ഇട്ടുപോകുന്നത് സുഹൃത്തിയിലല്ല സുഹൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ആരോപണമെന്നുള്ള ദുരാരോപണമായിപ്പോ അല്ലെങ്കിൽ സുഹൃത്തിയിൽ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല ജാഗ്രതയിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് അശരീരദാഹി ആത്മന സ്വരൂപം ശരീരമില്ലായ്മയാണ് ഇതിന്റെ സ്വരൂപം ശരീരമില്ലായ്മയുടെ സുഹൃത്തിൽ സ്വം പരഞ്ജ്യോതി സ്വരൂപം ആപദ്ധ്യതയെ പരഞ്ജ്യോതിസെന്ന് പറയുന്നത് പരഞ്ജ്യോതിസെന്നെന്താ പറയുന്നത് ജ്യോതിസെന്ന് ഇപ്പോഴും ഉണ്ട് ജാഗ്രത്തിന് ഇതെല്ലാം ഈ ചർച്ചകളെല്ലാം ജാഗ്രതത്തിലെ ജ്യോതിഷാണ് ജാഗ്രതത്തിലെ പ്രകാശമാണ് ഈ പ്രകാശത്തിലിരുന്നല്ലേ നമ്മൾ സുഹൃത്തേക്കുറിച്ചും പറയുന്നത് പക്ഷെ അതിനെ പരഞ്ജ്യോതി എന്ന് പറയാൻ പറ്റത്തില്ല അത് ഈ പ്രകാശത്തിന് അപ്പുറമുള്ള പ്രകാശിച്ചു ഈ പ്രകാശം ഇല്ലാത്ത പ്രകാശം എന്ന് വേണമെങ്കിൽ പറയാം ജ്യോതിസ്വരൂപത്തിന്റെ സമ്പ്രസാദ അതിനാണ് സമ്പ്രസാദനെന്ന് പറയുന്നത് അസ്മിൻ അമ്പ്രസാദാഷികം പറയുന്നതെല്ലാം ആ സുഷക്തി ഉദ്ദേശിച്ചിട്ടാണ് യേശ ആത്മീയ ലിഹോ വാച ഇതാണ് ആത്മാവ് എന്ന് പറഞ്ഞു നമ്മൾ പറയുന്നു ഈ ശരീരത്തോട് താതാന്യപ്പെട്ടിരുന്നു കൊണ്ട് ശരീരരൂപത്തിലിരുന്നുകൊണ്ട് ഉള്ള കല്പനകൾ ഭാവനകളെല്ലാം ഈ വെളിച്ചത്തിലാണ് ഇത് അല്ല ശരിക്കുള്ള വെളിച്ചം ശരിയായിട്ടുള്ള വെളിച്ചം എന്ന് പറയുന്നത് സ്വരൂപം ശ്രുതില പ്രകാശമാണ് എന്ന് ഈ വെളിച്ചത്തിൽ ഇരുന്നുകൊണ്ട് ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു ഈ കാര്യങ്ങളിൽ ഇവിടെ തന്നെയാണ് അത് ഗ്രഹിക്കേണ്ടത് അജ്ഞാന സംശയം അതിദോഷങ്ങൾ കൂടാതെ ഇവിടെ തന്നെ ഗ്രഹിക്കണം എന്തിനാ പരംച്യോതി ജാഗ്രത വേണം ജാഗ്രത വേണ്ട എന്ന് പറയുന്നില്ല ജാഗ്രത ഈ സുഷൃപ്തി സുപ്തനായിരിക്കുന്ന ആത്മാവിനെ ഗ്രഹിക്കുന്നതിന് വേണ്ടി അത് പറയുന്നു പക്ഷേ ആത്മീയ പോവാച്ച ഇത് തന്നെയാണ് ഈ ഗ്രഹണം ഇത് തന്നെയാണ് ഉപാസകന്റെ ആത്മജ്ഞന്റെ ഗ്രഹണം ഇത് തന്നെയാണ് സഭ്രിയ ശ്രുത്യുക്തോ അന്തേവാസിഭ്യുന്നു ഇത് ശിഷ്യന്മാർക്ക് ഉപദേശിക്കണം എന്ന് ശ്രുതി ഗുരുവിനോട് പറയുന്ന ശ്രുതി പറയുന്നു ശ്രുതി എന്ന് പറയുന്നല്ല ഒരു ഗുരു പറഞ്ഞതാണ് അത് മറ്റു ഗുരുക്കന്മാർ പറയണം ആരോട് ശിഷ്യന്മാരോട് ആ വിദ്യയുടെ പരമ്പര അത് നിലനിൽക്കണം എന്ന് ശ്രുതി ആവശ്യപ്പെടുന്നുണ്ട് ശ്രുതി എന്ന് പറയുന്ന ആകാശത്ത് കുട്ടി വിളിച്ചത് അത് സാക്ഷാത്കാരത്തിൻ്റെ വചനമാണ് ശിഷ്യന്മാരുടെ അനുഭവത്തെ വെളിപ്പെടുത്തിയതാണ് സഭ്രുയാ അതിലിങ്ങനെ ഉപദേശിക്കണം അശ്രുത്യുക്തോ എന്ന് ശ്രുതി നിയോഗിക്കുകയാണ് മുഴുവനെ അന്തേവാസിഭ്യ അന്തേവാസികൾക്ക് വേണ്ടി വിദ്യയുടെ പാരമ്പര്യത്തിന് വേണ്ടി ഇത് പറയുന്നു ഇതാണ് പരമാർത്ഥ ജ്ഞാനം ഇന്ത്യത് അമൃതം അവിനാശി ഭൂമ യുവ ഭൂമാ തമൃതം ഇത്യുക്തം ഇതമൃതമാണ് ഇത് അവിനാശിയാണ് യുവ ഭൂമാമൃതം ഇത് അമൃതമാണ് ഈ സത്ത് എന്നർത്ഥം എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് ആ സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയെ വിശകലനം ചെയ്ത് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ തത്വം അതാണ് ഭൂമാ അമൃതം അതേവായും ഭൂമിനോ ദ്വിതീയ അഭാവം ഈ ഭൂമാവിനോ ദ്വിതീയമില്ല ഇവിടെ ശരീരമില്ല മനസ്സില്ല സങ്കല്പങ്ങളില്ല ഭാവനകളൊന്നുമില്ല ദൃശ്യാനുഭവങ്ങളില്ല ണ്ടോ അവിടെ എന്തെങ്കിലും ഉണ്ടോ അസൂഷത്തേ ഒന്നുമില്ല സമയ സൈവ അഭയം അതാണ് അഭയം അവിടെ ഭയം ഉണ്ടോ ഇല്ലല്ലോ ദ്വിധ പ്രതീതി ഉണ്ടെങ്കിലും അവിടെ ഭയം വരും അവിടെ പ്രതീതിയില്ല ഭയമില്ല ഭൂമിന അഭയസ്വരൂപമാണ് എന്തുകൊണ്ട് ദ്വിതീയ അഭാവ അവിടെ അല്ലാതെ മറ്റെവിടെങ്കിലും പറയാൻ പറ്റുമോ ദ്വിതീയമില്ലാന്ന് രണ്ടാമതൊന്നില്ലെന്ന് മറ്റൊരിടത്തും പറയാൻ കഴിയില്ല പക്ഷെ സുഹൃത്തി എന്ന് പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നതെന്നുള്ളതാണ് കാരണം ഈ ജാഗ്രത്തിൽ ജാഗ്രത കുറിച്ച് ജാഗ്രത അനുഭവം ജാഗ്രത നമ്മുടെ സങ്കല്പം അതുപോലെ സുഹൃത്തിയെ നമുക്കൊരു സങ്കല്പമുണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ആ സങ്കല്പത്തോട് ഒത്തുപോകാത്തത് കൊണ്ടാണ് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു സുഹൃപ്തി എന്താണ് നമ്മൾ നേരത്തെ തന്നെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ചില സങ്കല്പങ്ങൾ അനുസരിച്ച് ഇന്നതാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ആ സങ്കല്പങ്ങളുമായി ഒത്തുപോകുന്ന കാര്യങ്ങളെല്ലാം ആ സങ്കല്പങ്ങളെല്ലാം നിരാകരിക്കുകയാണ് ഈ അറിവുകൊണ്ട് നമ്മുടെ സങ്കല്പങ്ങളെ നിരാകരിക്കാൻ കഴിഞ്ഞാൽ സുഹൃത്തി നമുക്കൊരു പ്രശ്നമല്ല അത് സമ്പ്രസാദനാണ് അത് സത്താണെന്ന് മനസ്സിലാക്കുന്നതിന് പ്രയാസമില്ല പക്ഷെ നമ്മൾ ഇതുവരെ അതിനെക്കുറിച്ച് നമ്മൾ സങ്കൽ വച്ചിരിക്കുന്ന നമ്മുടെ സങ്കല്പങ്ങൾ സങ്കല്പിച്ചുകൊണ്ടാണെങ്കിൽ സുഹൃത്തി ദൃഷ്ടാന്തത്തിലൂടെ ഇത് മനസ്സിലാക്കാൻ കഴിയത്തില്ല എന്നാലും ഇതെങ്ങനെ സുഹൃത്തിയാകും അങ്ങനെ ഒരു സുഹൃത്തിയാണെങ്കിൽ പിന്നെ ഞാൻ ഈ ചെയ്യുന്നതിനൊക്കെ എന്താ പ്രയോജനം ഈ രീതി ചിന്ത പോകും സുഹൃത്തിയെക്കുറിച്ച് എന്തുകൊണ്ട് അങ്ങനെ ഒരു സങ്കല്പം വന്നു ഈ ജാഗ്രതയിലജ്ഞാനമുണ്ട് അതിവിടെ പറയുന്നുണ്ടല്ലോ ഈ ജാഗ്രത അജ്ഞാനം കൊണ്ട് ജാഗ്രതനെ സംബന്ധിച്ച് നമുക്ക് പല സങ്കല്പങ്ങളും ഉണ്ട് അതുപോലെ സുഴ്ത്തിയെ സംബന്ധിച്ച് സങ്കല്പങ്ങളുണ്ടായി അതുകൊണ്ട് ആത്മാവിനെക്കുറിച്ച് സങ്കല്പമുണ്ടായി ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ച് സങ്കല്പമുണ്ടായി അപ്പം ജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പങ്ങളുണ്ടായി ഇതെല്ലാം അജ്ഞാനം മൂലകമാണ് അതുകൊണ്ട് സുഴ്ത്തിയെ നമുക്ക് ബോധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തെ ബോധിക്കുന്നില്ല എന്താ തടസ്സം അജ്ഞാനം തന്നെ അതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും സുഷുതിയിലൂടെ തന്നെ അതിനെ വിശദീകരിക്കുന്നത് അദ്വൈതത്തിൽ സുഷുതിക്ക് ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് ഇതുവരെ അറിഞ്ഞില്ലല്ലോ അതെന്റെ കുറ്റമാണ് അറിയേണ്ടതായിരുന്നു സജീവ അഭയം ഭൂമനോ ദീയഭാവ തഥ ഏതത് ബ്രഹ്മ അങ്ങനെയാണെങ്കിൽ ഇത് വളരെ എളുപ്പമുള്ള കാര്യമുണ്ടോ നിസാരമായ കാര്യമാണല്ലോ എന്നാൽ കൂടിയും പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ് നിസ്സാരമുള്ള കാര്യമാണ് ചിലത് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് പറയുന്നവർക്ക് എന്തെങ്കിലും ഉദ്ദേശം കാണും തസ്യസി ബ്രഹ്മണോ നാമാഭിധാനം ഈ ബ്രഹ്മത്തിന് പല പേരുകളുണ്ട് നേരത്തെ ഹൃദയം എന്ന് പറഞ്ഞു പറയുന്നത് സത്യം എന്താണ് കിം ത സത്യമിഥി എന്താണത് സത്യം സത്യം ഹി അവിധം ബ്രഹ്മാസത്യമാണ് അവിധതമാണ് സത്യമിഥ്യം എന്താണെന്നുള്ള ഭാഷകാരൻ ഇനി വരുന്ന ഭാഗത്ത് വളരെ വളരെ വ്യക്തമായിട്ട് നിർവചിക്കും അവിടെ പ്രപഞ്ചം അനർഥമല്ല എന്നുള്ളത് സത്യം ആത്മീയതഹി ഗുപ്തം അത് സത്യമാണ് അതാണ് സ്വരൂപം സത്യത്തിന്റെ ഏറ്റവും ലഘുവായ നിർവചനമാണ് നിഷേധിക്കാൻ കഴിയാത്തത് സത്യം ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്തത് കാരണം ഒന്നിനു സത്യമാണെന്നോ അംഗീകരിക്കുക ഈ സത്യമാണെന്ന് പറയുക ഇതെല്ലാം പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ജീവന്റെ ബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ് പറയുന്നത് ഇത് സത്യമാണ് ഇത് അസത്യമാണെന്നെല്ലാം പറ ബുദ്ധി എന്ന് പറയുന്ന ഈ പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് പറയുന്നത് ഇതല്ല ബ്രഹ്മുണ്ടെന്നോ ഇല്ലെന്നോ ശൂന്യമാണെന്നോ പ്രപഞ്ചസത്യമെന്നോ അസത്യമെന്നോ ആത്മീയവും ഭൗതികവും എല്ലാം ഈ ബുദ്ധിയാകുന്ന ഈ പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് ഈ പ്രകാശത്തിലൂടെ നമ്മൾ ചിലതിനെ അംഗീകരിക്കുന്നു ചിലതിനെ നിഷേധിക്കുന്നു എന്തിനെയെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു അതിനെയെല്ലാം നിഷേധിക്കുന്നു പ്രപഞ്ചത്തെ അംഗീകരിക്കുന്നു പക്ഷെ നിഷേധിക്കുന്നു പക്ഷെ ഒന്നിനെ മാത്രം നിഷേധിക്കാൻ പറ്റത്തില്ല സ്വസ്വരൂപത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല ബാക്കി എല്ലാത്തിനെയും നിഷേധിക്കും ജാഗ്രത നിഷേധിക്കും സുഹൃത്തു ഈ ജാഗ്രതയില്ല അതുകൊണ്ട് പറയാം ഈ ജാഗ്രതല്ല ഈ പ്രകാശമില്ല അവിടെ ഈ ബുദ്ധി അതുകൊണ്ട് ഇതിനെയും നിഷേധിക്കാം അതുകൊണ്ട് ഈ ജാഗ്രത പ്രകാശമൊന്നും സത്യമൊന്നും പക്ഷെ സുഷൃത്തിയെ നിഷേധിക്കാൻ പറ്റത്തില്ല ഞാൻ ഉറങ്ങില്ലെന്ന് പറയാൻ പറ്റും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയില്ലെന്ന് പറയാൻ പറ്റും അതിനെ നിഷേധിക്കാൻ ഇതിനെ നിഷേധിച്ചപ്പോഴും നിഷേധിക്കാൻ വയ്യ അത് സുതിയിൽ കേവലമായ താനുണ്ടായി അതിന് ജാഗ്രതനും നിഷേധിക്കാൻ പയ്യെങ്കിൽ പറയാം ജാഗ്രത സുഹൃത്തിയില്ലല്ലോ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ജാഗ്രതയിൽ സുപ്തനായ ഞാനുണ്ടായിരുന്നു ഉണ്ട് സ്വപ്നനായ ഞാൻ തന്നെയാണ് ഈ ജാഗ്രതയിരിക്കുന്നത് അപ്പോൾ എന്നെ സ്വസ്വരൂപത്തെ നിഷേധിക്കാൻ പയ്യാ നിഷേധിക്കാൻ കഴിയാത്ത കൊണ്ടത് സത്യമാണ് ബുദ്ധി ഉപയോഗിച്ച് നിഷേധിക്കാൻ കഴിയത്തില്ല ത സത്യം സാത്മീയതയുക്തം അഥാ കിമർത്ഥം ഇതെന്നാമിച്ചത് തുപാസന വിധിസ്തുത്യർത്ഥം ഇതിന് സത്യമായിട്ട് സത്യകാമമായി സത്യസങ്കല്പമായിട്ടല്ലേ ഇതിനെ ഉപാസിക്കുന്നു അതുകൊണ്ട് ആ ഉപാസനയെ വേണ്ടി എനിക്ക് അതിന് വീണ്ടും ആ ഉപാസന തുടരുന്നതിന് വേണ്ടി ഉപാസനാ വിധിസ്തുത്യർത്ഥം ആധ്യാത്മിക സന്ദർഭത്തിൽ പലയിടത്ത് സ്തുതിക്ക് വേണ്ടി പറയും ഇപ്പം ശ്രോതാവിന് താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതിക്ക് തന്നെ അറിയും കുറച്ച് കഴിയുമ്പോൾ മടക്കും ഏതായാലും ശരി കാലം കഴിയുമ്പോൾ മടക്കവും ഒരു മടത്ത് അനുഭവപ്പെടും ആത്മീയത അതിൽ മടത്ത് അനുഭവപ്പെടും സന്യാസം ചിലർക്ക് കുറച്ച് കഴിയുമ്പോൾ അത് മടുക്കും വേണ്ട നല്ല മനുഷ്യന് മടത്തു ജപതപങ്ങളിലെല്ലാം മടുപ്പ് അനുഭവപ്പെടും അതുപോലെ തത്വശ്രവണത്തിനും തത്വ ഉപാസനയിലും എല്ലാം ഒരു മടുപ്പ് അനുഭവപ്പെടും ആവർത്തി കൊണ്ട് മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ് ആലസ്യം പോലെയുള്ള ഇതുകൊണ്ട് മടുപ്പ് പലരും ചിന്തിക്കാറില്ല ഇതൊക്കെ മതിയാക്കി സ്ഥലം വിട്ടാലെന്തോ പുറത്ത് പറയത്തില്ല എന്നാലും മനസ്സിൽ ചിലപ്പോൾ ചിന്ത വരും മടുപ്പ് വരും എല്ലാം മടുത്തിട്ട് അങ്ങോട്ട് വന്ന് അതുകൊണ്ട് തന്നെ ഇതും മടുക്കാം മനസ്സിൻ്റെ സ്വഭാവം ഇത് ശ്രുതി കയറിയ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ സ്തുതിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് നീ മടുക്കരുത് മടുത്ത് പോകരുത് ആത്മവിദ്യയെ സ്തുതിക്കുന്നു മുക്തിയെ സ്തുതിക്കുന്നു ഉപാസനെ സ്തുതിക്കുന്നു താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ഉന്മേഷം കൊടുക്കും അതാണ് സത്സംഗം പറ്റി എപ്പോഴും വേണമെന്ന് പറയും അല്ലെങ്കിൽ ഇത് മടുത്തു പോവും മടുത്താൽ പിന്നെ വേറെ പണിയിലേക്ക് പോകും അത് പിന്നെ വലിയ ദോഷം ചെയ്യും അതുകൊണ്ട് ഉപാസന വിധി സ്തുത്തിയർത്തുക ഇത് വീണ്ടും വീണ്ടും എന്തിനും പറയുന്നു എന്ന് കരുതി എന്നതിന് കാരണം ഒരു താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അഭിരുചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ സ്തുതിക്കുകയാണ് വീണ്ടും ഇതിൽ പ്രവർത്തിക്കണം ബോധം തെളിയുന്നതുവരെ ഇത് പ്രവർത്തിച്ചേ പറ്റും വിടാതിരിക്കാൻ വേണ്ടി ഞാൻ ആദ്യവയാഖ്യനിക്ക് താഴ്വ്യക്ഷരാ സത് തദമൃതം അഥ യത്തിന്ധ്യം അഥ യം തേന ഉഭേ യതിയുനുഭേ യതി തസ് ോകം ഏതി വീണ്ടും അവിടേക്ക് തന്നെ വരുന്നത് വീണ്ടും സുഷൃത്തിയിലേക്ക് വരികയാണ് താനിഹവാ ഏതാനി ബ്രഹ്മണോ നാമാക്ഷരാണി ത്രീണി ബ്രഹ്മത്തിന് പേര് പറഞ്ഞാൽ സത്യം നാമ അക്ഷരാണ് അതിന് മൂന്നക്ഷരമുണ്ട് അതൊക്കെ ഇവിടെ ശ്രുതി എന്ന് പറയുന്നു ഏതാനി സതീയമിതി അതിൽ ആദ്യത്തെന്താണ് സകാര തകാര എം സത്യം സകാരം തകാരം എം ഈകാര തകാര വിചാരണ നടത്തും അനുബന്ധം അവിടെ ഈ വന്നത് അടുത്ത് സത്യം എന്ന് പറയുന്നടുത്ത് ഹ്രസ്വമായിട്ട് മനസ്സിലാക്കിയാൽ മതി ശ്രുതി അങ്ങനെ ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ കാണിക്കും ഭാഷയിൽ ഒന്നും അത്ര വലിയ നിർബന്ധമൊന്നുമില്ല പരസ്യവിനൈ വാക്ഷരീണ പുനഃപ്രതിനിർദ്ദേശ എന്നു പറയുന്നുണ്ട് യത്തി എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അത് ഹ്രസ്വമായിട്ടെടുത്താൽ സത്യം ദേശാന് സകാല തത് അമൃതം അതിന് സത്യത്തിലെ അതിന് അമൃതം എന്നർത്ഥം എടുക്കുക സത് ബ്രഹ്മ അമൃതവാചകത്വ അമൃത അമൃതം എന്ന് വെച്ചാൽ സത്ബ്രഹ്മെ ബ്രഹ്മവാചകമാണ് അമൃത ശബ്ദം അമൃത ഏവ സകാര അതുകൊണ്ട് സത്ത് ബ്രഹ്മ അമൃത ശബ്ദങ്ങളെല്ലാം പര്യായമാണ് സകാരമെന്ന് പറയുന്നത് ശ്രുതി തന്നെ അങ്ങ് സകാരം അമൃതമാണ് അമൃതം സകാര ത്തകാരാന്തോ നിർദ്ദിഷ്ട അമൃതേവ സകാരം തകാരം തോന്നി അടുത്ത് തകാരം അധ യീ തകാരം അടുത്ത് വരുന്ന അത് മർത്യം അധ അമൃതം മർദ്ധ്യാക്കേ ഉറിയുന്ന മർദ്ധ്യമായി സത്ത് എന്ന് പറയുന്ന അമൃതമായി രണ്ടായി ഇനി അടുത്ത് പറയുന്നത് എം അത എം അക്ഷരം തേൻ അക്ഷരേണ അമൃതമർത്യാക്കിയെ പൂർവ് ഉപേ അക്ഷരേ യച്ചതി യമയതി ഒന്നമൃതം ഒന്ന് മർത്യം അതിനെ ആത്മന വശീകരോതി യതി പ്രാപിക്കുന്നു എമ്മിലൂടെ സത്യാനതങ്ങളെ यमन യമെന്ന് പറഞ്ഞാ യമേദി നിഗമയതി വശീകരതി ആത്മന സ്വസ്വരുപത്തിയസ്മാന യനെയഭേ യതി തസ് സംയത് ഹി ഏതെ ബ്രഹ്മക്ഷരസീതമൃതർമ്മ മഹാഭാഗ്യമയുദ നമ വധ ഇ ഉപാസ്യൂയത ബ്രഹ്മനമ നിർവചന എന്മാമോ ോകം സാത്ത് എം സാതി എം എന്ന് പറയുന്ന ഈ മൂന്നക്ഷരങ്ങളിലൂടെയും ആ തത്വത്തെ തന്നെയാണ് പറയുന്നത് എന്നിവിടെ തുടർന്ന് വിശദീകരിക്കുന്നു എങ്ങനെയാണ് അത് പറയുന്നത്